തൃതീയ സ്കന്ധത്തില് ആരംഭത്തിലൊരു കഥ പറയുന്നു ദുര്യോധനൻ വിതുരനെ അപമാനിച്ചയച്ചു വിതുര തീർത്ഥയാത്രയായിട്ട് അങ്ങോടെ ഇറങ്ങിച്ചെന്നു എവിടൊക്കെയാണെന്ന് വെച്ചാൽ പോയത് നിശ്ചയ അങ്ങോട്ട് പോവുക തീർത്ഥയാത്ര എങ്ങനെ ചെയ്യണം എന്ന് വിതുരനെ കണ്ടുപഠിക്കണം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ജപം അനുഷ്ഠാനം സ്നാനം ഏകാന്ത സ്ഥലങ്ങളിലിരുന്നുള്ള ഭഗവത് ധ്യാനം നമുക്ക് തീർത്ഥയാത്ര എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മളൊക്കെ കൂടെ ഒരു ബസ് പിടിച്ച് ഒരു പത്തറുപത് ആളായിട്ട് പുറപ്പെടും പോകുന്നിടത്തൊക്കെ ചാപ്പാട് ഒരു ഒരു ദിവസം ഒരു പത്ത് ഇരുപത് അമ്പലം പോവും അതൊക്കെ കഴിയുമ്പോഴേക്കും ഒരു ഗുണമുണ്ട് ആ തീർത്ഥയാത്രയ്ക്ക് ഇനി എവിടെയും പോകേണ്ടെന്ന് തോന്നും അതാണ് തീർത്ഥ്രാന്തി അധമാധമാറിയ തീർത്ഥ്രാന്തി പോയിക്കിട്ട അത് വെച്ചിട്ട് ഫാളിയും കുറയാ തീയത് ശബ്ദമല്ലേ അപ്പൊ തീർത്ഥയാത്ര എങ്ങനെയാന്ന് വെച്ചാൽ ഏകാന്തമായിട്ടുള്ള സഞ്ചാരം കൂട്ടിനാരെയും പാട ആരും പാടില്ല വേണമെങ്കിൽ നമ്മളെ പോലെ തന്നെ ഉള്ള ഭക്തന്മാര് സാധകന്മാരും ഒക്കെയായിട്ട് അതും വർത്തമാനമൊന്നും പറയരുത് ഏകയവ ചെറിയ തസ്മാരൻ അങ്ങനെ യാത്ര ചെയ്തു യാത്രയിൽ മുഖ്യമായ ഒരു നിയമം എന്താന്ന് വെച്ചാൽ ബന്ധുക്കൾ ഉള്ള സ്ഥലങ്ങളിൽ കൂടെ പോയില്ല എന്നാണ് അലക്ഷിത എന്താ ബന്ധുക്കൾക്ക് കുഴപ്പം എന്ന് വെച്ചാൽ അവർ ചെറിയച്ചനാണ് വലിയച്ഛനാണ് അമ്മാവനാണോ എന്നൊക്കെ പറഞ്ഞ് ശരീരത്തിനെ ഓർമ്മിപ്പിക്കും വേണ്ടാത്ത വർത്തമാനമൊക്കെ ചോദിക്കും ഇതൊക്കെ മനസ്സിനെ ലോക വിഷയങ്ങളിലേക്ക് കൊണ്ടുവരും നാരായണ ഗുരു മഹർഷിയെ കാണാൻ ചെന്നു കാണാൻ ചെന്നപ്പോ സ്കന്ധാശ്രമത്തിൽ വെച്ചും മലയുടെ മഹർഷി ഒന്നും ചോദിച്ചില്ല നാരായണ ഒന്നും പറഞ്ഞില്ല കുറച്ചു നേരം അവിടെ മിണ്ടാതിരുന്നു ഊണ് കഴിക്കേണ്ട ആഹാരം കഴിച്ചു രണ്ടുപേരും നടക്കാൻ പോയി അപ്പൊ നാരായണ സ്വാമി ഒരു അഞ്ച് അഞ്ച് ശ്ലോകങ്ങൾ എഴുതി നിർവൃത്തി പഞ്ചകം എന്ന് പേര് മഹർഷിയുടെ ആ ചരിയെ കണ്ടിട്ട് കോ നാമ ദേശ കാ ജാതിഹി പ്രവൃത്തി കാ കിയ മനസ്സിന് ശാന്തി വേണമെങ്കിൽ എവിടുന്ന് വരുന്നു എന്താ ജോലി കുട്ടികൾ എത്രയുണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടോ കുട്ടികൾ എത്രയുണ്ട് പേരക്കുട്ടികളുണ്ടോ ജോലിയായോ ഈ വർത്തമാനം അല്ലെ അഞ്ചു മിനിറ്റ് സമയം കിട്ടിയാൽ ഇതൊക്കെയായിരിക്കും അതിൽ നിന്നും തുടർന്ന് തുടർന്ന് തുടർന്ന് മനസ്സ് ലോക വിഷയങ്ങളിലേക്ക് പോകും ഈ ഇത്തരം ചോദ്യം ആരാണോ ചോദിക്കാതിരിക്കണത് അയാൾക്ക് മനസ്സിന് ശാന്തി ഉണ്ടാവുന്ന സമാധാനം ഉണ്ടാവും ഈ ചോദ്യങ്ങളൊക്കെ ബന്ധുക്കളുമായിട്ടൊക്കെ അടുക്കുമ്പോൾ വരും എന്നുള്ളത് തന്നെ ബന്ധുക്കളുടെ ഒന്നും കൂട്ടുകൂടാതെ നടന്നു അത്ര വിതുര യാത്ര ചെയ്താണ് വഴിയിൽ ഉദ്ധവരെ കാണുന്നത് इंप या तौर पर तत्रोद भागवतम दर्श परम भागवत आ उधवरे कृतस्कंध रुप आलिंगनमे क्धवर् तगवां तत्वोपदेश उधवर परमात्म तत्वज्ञानिया वरण ഉദ്ധവര് പറഞ്ഞ പ്രകാരം വിതുരൻ മൈത്രേയ മഹർഷിയെ ചെന്ന് കണ്ടു മൈത്രേയ മഹർഷി ഭഗവത് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു ആത്മതത്വം ഉപദേശിച്ചു സ്വയം വിതുരൻ ജ്ഞാനിയായി ഒരു ഇരുമ്പ് ചിന്താമണി എന്ന് പറയുന്ന രത്നത്തിനെ സ്പർശിച്ചാൽ ഇരുമ്പ് സ്വർണമാവും ഇതാണ് ചിന്താമണി കൊണ്ട് ഇരുമ്പിനെ സ്പർശിച്ചാൽ ഇരുമ്പ് സ്വർണ്ണമാവും അതുപോലെ മുമുക്ഷുവായ ഒരു ജീവൻ ജ്ഞാനിയായ ഒരു സദ്ഗുരുവിന്റെ സമ്പർക്കം ഏർപ്പെടുമ്പോ ഈ ജീവനും ചിന്താമണിയെ സ്പർശിക്കുന്ന ലോഹം പോലെ ആയിത്തീരും കബീർദാസിന്റെ ഒരു ദോഹയുണ്ട് അതിൽ കബീർ പറയുന്നു അങ്ങനെ ചിന്താമണിയും ഇരുമ്പും കൂടെ സ്പർശിച്ചിട്ട് ഇരുമ്പ് അഥവാ ലോഹം സ്വർണ്ണമായിട്ടില്ലെങ്കിൽ ഒന്നിലത് ചിന്താമണിയല്ല അല്ലെങ്കിൽ ഇത് ലോഹമല്ല അല്ലെങ്കിൽ സ്പർശം ഉണ്ടായിട്ടില്ല അതേപോലെ വിമുക്ഷുവായ ഒരു ജീവൻ ഒരു സദ്ഗുരു സമ്പർക്കം ഉണ്ടായി ജ്ഞാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഒന്നിലദ്ദേഹം ഗുരുവല്ല അല്ലെങ്കിൽ ജീവനല്ല ഈ ജീവൻ പക്വമല്ല ആചാര്യസ്വാമികൾ ഇതിൽ അല്പം വ്യത്യാസം വരുത്തി പറഞ്ഞു ചിന്താമണി തൊടുന്ന വസ്തുക്കളെ സ്വർണ്ണമാക്കും ചിന്താമണിയാക്കില്ല പക്ഷെ സദ്ഗുരു ഒരു ജീവനെ തന്നെ തന്നെ പോലെ ആക്കി തീർക്കും സ്വീയം സാമ്യം വിധത്തെ ഭേദമില്ലാതാക്കി തീർക്കും ഇവിടെ വിതുരൻ സ്വയമേവ ഭഗവത് സ്വരൂപമായി തീർന്നു എന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് ഒരു കാരുണ്യം പത്ത് മുപ്പത്താറ് വർഷമായി വിതുരൻ ഒരു കാരുണ്യം ഇന്ന് രാവിലെ പറഞ്ഞ കഥ പോലെ മുകളിൽ കയറി എത്തി നോക്കിയിട്ട് വീണ്ടും തിരിച്ചു വരിക അതുപോലെ വിതുരൻ ഒരു കാരുണ്യം വീണ്ടും ഹസ്തനാപുരത്തിലേക്ക് പോവുക എന്തിനാ ഹസ്തനാപുരത്ത് പോണെന്ന് വെച്ചാൽ അവിടെ പാവം രണ്ട് കണ്ണും കാണാത്ത ഒരാളുണ്ട് അപ്പൊ രന്ധൻ ഏട്ടനുണ്ട് അദ്ദേഹത്തിന് കണ്ണ് കാണില്ല പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല അങ്ങനെ ഒരു ഏട്ടൻ നിർബന്ധമായി ആ ഏട്ടനെ പറഞ്ഞ് വാർദ്ധക്യമായിരിക്കുന്നു എങ്ങനെയെങ്കിലും പിടിച്ച് കരകയറ്റണം അതിനായിക്കൊണ്ട് തിരിച്ച് ഹസ്തനാപുരത്തിലേക്ക് വന്നിരിക്കുകയാണ് വിതുരസ്തീർത്ഥയാത്രായാം ആത്മനഹാഗതിയാവാസ്യത ചെറിയ ഒരു വാക്യാണ് ഭാഗവതത്തിൽ പക്ഷെ വളരെ പ്രധാനമായ ഒരു വാക്യാണ് വിതുരനെ കണ്ട് മനസ്സിലായില്ല കാവൽഭടന്മാർക്കം അകത്ത് ചെന്ന് ധൃത ധർമ്മപുത്രരോട് ചെന്ന് പറഞ്ഞു ഏതോ മഹർഷി വന്നിരിക്കുന്നു ധർമ്മപുത്രർ സ്വീകരിക്കാനായിക്കൊണ്ട് വന്നു ബ്രഹ്മതേജസ്സോട് ഒരു മഹാത്മാ നിൽക്കുന്നു വീണ് നമസ്കരിച്ചു എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് തന്റെ ചെറിയ ചൻ ഇളയച്ചനാണെന്ന് മനസ്സിലായത് പക്ഷെ ആള് അപ്പടി മാറിപ്പോയിരിക്കുന്നു വിജുരനോട് ധർമ്മപുത്ര ചോദിക്കുകയാണ് അവിടെ ഇത്രകാലം എവിടെയായിരുന്നു വിതുരർ വന്ന് പഞ്ചപാണ്ടവാക്ക് ചിത്തപ്പ ഇല്ല ഇപ്പൊ തുമ്പക്കാർ ഞാനിയാ തുമ്പ വി വിതുരർ കിട്ട ധർമ്മപുത്രർ കേ ഇത്തരം നാളെ എങ്കേ എങ്ങളെല്ലാം ഞാപകം വെച്ചിട്ട് ഇന്നേളാം അഭിസ്മരഥനോ യുഷ്മിത ഒരു തള്ള പക്ഷി കുഞ്ഞുങ്ങളെയൊക്കെ ചരകിന്റെ ഇടയിൽ വയ്ക്കണ പോലെ വിതുരൻ ധർമ്മ ഈ പഞ്ചപാണ്ഡവരെ തന്റെ പക്ഷത്തിൽ ഒതുക്കി രക്ഷിച്ചു എന്നാണ് പറയുന്നത് ധർമ്മപുത്രൻ അല്ലെങ്കിൽ എപ്പോഴോ അപകടം പറ്റിയിട്ടുണ്ടാവും അവിടുന്ന് ഞങ്ങളെയൊക്കെ ഓർക്കണുണ്ടോ അവിടുന്ന് എങ്ങനെ വർത്തിച്ചു ഇത്ര തീർത്ഥയാത്രയ്ക്ക് പോയി എന്ന് കേട്ടു അങ്ങേക്ക് തീർത്ഥയാത്രയുടെ ആവശ്യമുണ്ടോ അങ്ങേപോലെയുള്ള ജ്ഞാനികൾ തീർത്ഥൂതാഹ സ്വയം പ്രഭോ തീർത്ഥീകുറുവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗതാഭത പവിത്രീകരിക്കണതാണല്ലോ തീർത്ഥം തീർത്ഥങ്ങൾക്കൊക്കെ തീർത്ഥം എന്നുള്ള തീർത്തീകരണ സ്വഭാവം എവിടുന്ന് കിട്ടി എന്നുവെച്ചാൽ ജ്ഞാനികൾ പോകുന്നത് കൊണ്ടാണ് തീർത്ഥക്ഷേത്രങ്ങൾ തീർത്ഥക്ഷേത്രങ്ങളായിട്ട് അല്ലെങ്കിൽ തീർത്ഥക്ഷേത്രങ്ങളുടെ തീർത്ഥ തീർത്ഥ സ്വഭാവം പോയിപ്പോകും ഗംഗാദേവിയെ ഭൂമിയിലേക്ക് വിളിക്കുന്നു ഭഗീരഥൻ ഗംഗ പറഞ്ഞു ഞാൻ ഭൂമിയിലേക്ക് വരില്ല ഇവിടെ വന്നാൽ മഹാഭാബികളൊക്കെ ഒന്ന് കുളിക്കും പേടിച്ചു എത്ര ഗംഗ അപ്പൊ ഭഗീരഥൻ എങ്ങനെയെങ്കിലും ഇപ്പൊ കൊണ്ടുവരണമല്ലോ ഗംഗയെ ഗംഗയോട് പറഞ്ഞു അമ്മ സ്വർഗത്തിലിപ്പോ സുഖമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കണോ നല്ലത് ഇവിടെ ഇപ്പൊ ദേവേന്ദ്രൻ കുളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദേവന്മാരെ കുളിക്കുന്നുണ്ടോ ഒക്കെ സുഖം പക്ഷേ സ്വർഗത്തിൽ കിട്ടാത്ത ഒരു ഭാഗ്യം ഭൂമിയിൽ കിട്ടും സാധവോ ന്യാസിന ശാന്താഹ ബ്രഹ്മിഷ്ഠ ലോകഭാവനാഹം സർവസംഗ പരിത്യാഗികളും ഭഗവാനെ സദാ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവരും ലോകത്തിനെ മുഴുവൻ പവിത്രമാക്കി ചെയ്യുന്നവരുമായി സാധുക്കൾ വന്ന് കുളിക്കും വേണമെങ്കിൽ വന്നാൽ മതി അത് കേട്ടപ്പോ ആ ഒരു ആഗ്രഹത്തോടെയാണ് അത്ര ഗംഗ വന്നത് സാധുക്കളെല്ലാം മഹാൻകളില വന്ന് സ്നാനം പണുവാളേങ്ക ആശയോടെ ഗംഗ വന്ന ഗംഗാല നമ്മൾ അപ്പൊ ഡിച്ച് വാട്ടർ പോട്ട് നടക്കണം സാധുക്കൾ സ്നാനം പാർത്ഥങ്ങൾ തീർത്ഥങ്ങളാ പരിശുദ്ധം ഗംഗയിലെ കാശിലെ ഘട്ടംകാ ഘട്ടം മണികർണികട്ടം എന്നത് ഗംഗ എന്നത് കാശി എന്നശിക്ക് ശങ്കരാചാര്യ സ്വാമികൾ ഒരു വ്യാഖ്യാനം കൊടുക്കണം എന്താണ് കാശി എന്താണ് ഗംഗ എന്താണ് മണികർണികൾ ഈ പുറമേക്ക് അലഞ്ഞു നടക്കുന്ന മനസ്സിനെ അന്തർമുഖമാക്കി നിശ്ചലമായി സ്വരൂപത്തിൽ വെച്ചാൽ ഉള്ളിലുണ്ടാവുന്ന ശാന്തി ഉണ്ടല്ലോ അതന്നെ ഗംഗ മനോനിവൃത്തി പരമോപശാന്തി മണികർണിക്കാ ജ്ഞാനപ്രവാഹ വിമലാദി ഗംഗാം ഉള്ളിൽ ശുദ്ധമായി ജ്ഞാനപ്രവാഹം ഉണ്ടായാൽ ഗംഗ इलो साशिकाह सा निजबोधरूप अशिका काशी वाले प्रकाशिक आत्मा प्रकाशिकवें शरीरमे काशीक्षेत्र शरीर काशीक्षेत्र शरीर ई काशी शरम तेने काशीक्षेत्र निजगुचरण ध्यानयोग प्रयाग भक्तिश्रद्धा गये ഇപ്പൊ കാശിക്ഷ കാശിലേക്കും ഗയയിലേക്കും പ്രയാഗലിക്കുമൊക്കെ ശ്രാദ്ധാതി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ആദ്യം തന്നെ സങ്കല്പിച്ചോളണം അവിടെ എത്ര വൃത്തികേടുണ്ടെങ്കിലും അവരെത്രയൊക്കെ എന്തൊക്കെ തന്നെ നമ്മളോട് ദൂഷിച്ച് പെരുമാറിയാലും ഒക്കെ ഞാൻ ശ്രദ്ധയോടുകൂടെ വിശ്വാസത്തോടുകൂടെ എടുത്തോളാം അല്ലെങ്കിൽ കാശി യാത്രയ്ക്കോ ഗയാ ശ്രാദ്ധത്തിനോ പ്രയാഗശ്രാദ്ധത്തിനോ ആർക്കും പോയി ഈ കാലത്ത് തൃപ്തി വരില്ല നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ആദ്യമേ തീരുമാനിച്ചോളാം പോകണം എന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചോളൂ അവിടെ പോയിട്ട് കുറ്റം പറഞ്ഞിട്ട് വരാൻ പാടില്ല എന്ന് തീരുമാനിക്കണം അല്ലെങ്കിൽ സംതൃപ്തി ഉണ്ടാവില്ല പക്ഷേ പൂർണ്ണ സംതൃപ്തി തരുന്ന ഒരു കാശി യാത്രയുണ്ട് നമ്മളുടെ ശരീരമേ കാശിക്ഷേത്രം ശരീരം അതിൽ ജ്ഞാന ജ്ഞാനപ്രവാഹം തന്നെ ഗംഗ ശ്രദ്ധയുണ്ടെങ്കിൽ ഗയാശ്രാദ്ധം കഴിയും നിജഗുരുചരണ ധ്യാനയോഗ പ്രയാഗ സദ്ഗുരുവിന്റെ ചരണാരബിന്ദത്തിനെ ധ്യാനം ചെയ്താൽ പ്രയാഗിലേക്ക് പോയി മനസ്സ് പുറമേക്ക് അലഞ്ഞു നടക്കുന്ന മനസ്സ് സ്വരൂപത്തിൽ വന്ന് നിശ്ചലമായാൽ അത് തന്നെ മണികർണികാഘട്ട സ്നാനം ഇതൊക്കെ ആരുടെ ഉള്ളിൽ അതായത് ചുരുക്കി പറഞ്ഞാൽ ആരുടെ ചിത്തം സദാ സമാധിയിലേ ഇരിക്കുന്നുവോ സമാധി എന്ന് വെച്ചാൽ ചലിക്കാതിരിക്കണോ എന്നല്ല അർത്ഥം സമാധി എന്ന് വെച്ചാൽ വേദാന്തപരമായ അർത്ഥം ആത്മ എന്നാണ് അർത്ഥം സമാധി എന്ന് വെച്ചാൽ വേദാന്തപരമായ അർത്ഥം ആത്മ എന്നാണ് അർത്ഥം യോഗ സമാധിയാണ് ശരീരത്തിനെ നിശ്ചലമായി വയ്ക്കുന്നത് വേദാന്തപരമായി സമാധി എന്ന് വെച്ചാൽ ആത്മസ്വരൂപം എന്നാണ് അർത്ഥം ഗുരുപദേശം കൊണ്ട് ആർക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടായിരിക്കുന്നു അവർ നിത്യനിരന്തര സമാധിയാണ് അവർക്ക് മനസ്സിനെ നിശ്ചലമായൊന്നും വെക്കേണ്ട മനസ്സ് ഞാനല്ലാന്നറിയാം ശരീരം ഞാനല്ലാന്നറിയാം സദാസ്വരൂപം പ്രകാശിക്കുന്ന ഒരു ജ്ഞാനി നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു വാട്ടർ ടാങ്കിൽ മുങ്ങിയാൽ ആ വാട്ടർ ടാങ്ക് തീർത്ഥക്ഷേത്രമായി തീർത്ഥം അത് തീർത്ഥമായി അപ്പൊ തീർത്ഥീകുറുവീ തീർത്ഥാനി സ്വാന്തസ്തേന ഗതാഭൃതം കൽക്കട്ടയിൽ ഒരു ദക്ഷിണേശ്വരം അമ്പലം കാളി അമ്പലം എത്രയോ വർഷങ്ങളായിട്ടുണ്ട് ദക്ഷിണേശ്വരം അമ്പലം വന്നിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ട് ഒരു ഇരുന്നൂറ് മുന്നൂറ് ഇരുന്നൂറ് വർഷം കഷ്ടി ഇപ്പൊ ദക്ഷിണേശ്വരം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം പവിത്ര സ്ഥാനമായിട്ട് എല്ലാവരും പോയിട്ട് വരുന്നു കാരണം എന്താ അവിടെ ഒരു കാളിയെ പ്രതിഷ്ഠിച്ചതുമല്ല അമ്പലം കെട്ടിയതുമല്ല എത്രയോ അമ്പലമുണ്ട് ആ വഴിയിൽ ഒരു രാമകൃഷ്ണ പരമവംസർ എന്ന് പറഞ്ഞ് ഒരു ഹംസം അവിടെ നിന്നു ആ കാളിയെ പൂജിച്ചു മുഴുവൻ പവിത്രമാക്കി ഇപ്പൊ തീർത്ഥക്ഷേത്രമായി തീർത്ഥീകുറുവന്തി തീർത്ഥാനി കാലടി കേരളത്തിലുള്ളവർക്കൊന്നും അറിയില്ല കാലടി ലോകം മുഴുവൻ കാലടി എന്ന് അറിയാം കാരണം എന്താ കാലടിയിൽ എന്തുണ്ട് ഏതോ എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശങ്കരൻ ജനിച്ചവിടെ തീർത്ഥീകുറുവന്തി തീർത്ഥാനി സ്വന്തസ്ഥേന ഗതാഭത ഹൃദയത്തിൽ സദാ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ സാന്നിധ്യം കൊണ്ട് തീർത്ഥക്ഷേത്രങ്ങൾ തീർത്ഥക്ഷേത്രങ്ങളായിട്ട് തീരുന്നു അതുകൊണ്ട് വിതുരൻ തീർത്ഥയാത്ര ചെയ്തു എന്ന് വെച്ചാൽ ധർമ്മപുത്രർ പറയുന്നത് തീർത്ഥക്ഷേത്രങ്ങളെയൊക്കെ പവിത്രമാക്കാനായിട്ടാണ് അവിടുന്ന് യാത്ര ചെയ്തത് തീർത്ഥക്ഷേത്രങ്ങളിലൊക്കെ ആളുകൾ കൊണ്ടുപോയി പാപമൊക്കെ കൊണ്ടുപോയി നിറയ്ക്കുമ്പോൾ സാധുക്കളൊന്ന് മുങ്ങിയാ മതി എന്നാണ് ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നു ആതിഥ്യ സത്കാരം ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്നു വിതുരൻ പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ചാൽ ധൃതരാഷ്ട്രർക്ക് വൈരാഗ്യവും ജ്ഞാനവും ഉണ്ടാവാനായിട്ട് വിതുരൻ ഒരുപാട് ശ്രമിച്ചു ചില ആളുകൾക്കൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എളുപ്പത്തിലൊന്നും ഉണ്ടാവില്ല എന്തോ ഉപദേശിച്ചാലും പറഞ്ഞാലും പഠിച്ചാലും ശ്മശാനവൈരാഗ്യം പോലും ഉണ്ടാവില്ല എന്തൊക്കെ ദുഃഖമനുഭവിച്ചാലും ആദിത്യ ഗതാഗതൈ അഹരഹ സംശീയത്തെ ജീവിതം വ്യാപാരർ ബഹുഭാര കാര്യഗുരു കാലോപി ന ജാതെ ദൃഷ്ട ജന്മ ജരാവിപത്തി മരണം ത്രാസശനോത്പദ്യതേ പീത്വാ മോഹമയീം പ്രമാദമതിരാം ഉന്മത്തഭൂതം ജഗത് സൂര്യൻ ഉദിക്കണോ അസ്തമിക്കണു എന്തു പറ്റി എന്ന് വെച്ചാൽ ആദിത്യ ഗതാഗത സംശയതേ ജീവിതം ജീവിതം ഓരോ ദിവസം ഈ കലണ്ടറിൽ കള്ളാസ് ചിന്തിക്കളയുമ്പോൾ പോയി ഒരു ദിവസം കഴിഞ്ഞു വ്യാപാരയിൽ ബഹുഭാര കാര്യ ഗുരുവിഹി എന്നുവെച്ചാലോ ദൃഷ്ടരാ വിപത്തി മരണം ജന്മ ജരാവിപത്തി ആപത്ത് മരണം എല്ലാം കാണുന്നു കണ്ടാലും പാമ്പിന്റെ വായിലിരിക്കുന്ന തവള എന്താ കൊഴപ്പില്ല ഇതൊന്നും കണ്ടിട്ടും എന്താ പേടി വരാത്തത് ഞങ്ങൾക്ക് വി ആർ വെരി ബിസി ഭാഗവതം കേൾക്കാൻ ഒക്കെ ഇനി ആവട്ടെ പിന്നെ ആവട്ടെ എത്ര ജോലി കിടക്കണു രാവിലെ എണീറ്റാൽ എത്ര കാര്യം കിടക്കണു എന്നുവെച്ചാൽ അവരെന്തിനാ ജനിച്ചതെന്നൊരു ഉദ്ദേശമില്ല അവരുടെ വിചാരം കുറേ പണിയെടുക്കണം കുറച്ച് പണം ഉണ്ടാക്കണം പിന്നെ കുറേ എന്തൊക്കെയോ സാമൂഹ സമൂഹത്തിൽ കുറേ കാര്യം ചെയ്യണം അവസാനം ശൂന്യമായിരിക്കും ജന്മം മരണം വ്യാധി ഒക്കെ മുമ്പിൽ കണ്ടിട്ടും ജന്മം മൃത്യു ജരാവ്യാധി ദുഃഖദോഷാണു ദർശനം അതൊക്കെ മുമ്പിലുണ്ട് എന്നാലും പേടിയൊന്നുമില്ല എന്നാണ് എന്താ പേടിയില്ലാത്ത വെച്ചാൽ ചിലപ്പോ അങ്ങനെയാണ് ചില ആളുകളുണ്ട് അല്പം സേവിച്ചാൽ എവിടെയും നടക്കും പേടിയേ ഉണ്ടാവില്ല ഇവിടെ ഇപ്പൊ എന്താ സേവിച്ചിരിക്കണമെന്ന് വെച്ചാൽ മോഹമയീം പ്രമാദമതിരാം അജ്ഞാനമാവുന്ന മദ്യം കുടിച്ച് ഉന്മത്തഭൂതം ജഗത് ലഹരി പിടിച്ചിട്ട് ഇപ്പോ ജന മൃത്യു വ്യാധി ഒന്നും കണ്ടിട്ടും കൂസാതെ ഭയം കൂടാതെ ഭഗവത് ഭജനം ചെയ്യാതെ ഇരിക്കുന്ന ആളുകൾ നമുക്ക് കാണാം ലോകത്തിൽ അവർക്ക് ഇഷ്ടം പോലെ അവർക്ക് ദുഃഖം ഉണ്ടായിട്ടുണ്ടാവും നമ്മളുടെ ഇന്ന് രാവിലെ പറഞ്ഞ ഫിലോസഫിയൊക്കെ അവരെടുത്ത് പൊളിഞ്ഞു പോവും ദുഃഖം വന്നാൽ ചിലർ ഉണരുന്ന് പറയല്ലോ ചിലർ ഉണരില്ല അങ്ങനത്തെ ആളുകളുണ്ട് എത്ര ദുഃഖം വന്നാലും എന്ത് കഴിയുമ്പോൾ അത് അവർ പഴകി പോകും അതും പഴകിപ്പോയിട്ട് അതിൻ്റെ നടുവിൽ ഇരുന്നുകൊണ്ടിരിക്കും നരക യോനിയിൽ ചെന്ന് ജനിച്ചാലും അവിടെയും രാമകൃഷ്ണ പരമഹംസത്തിന് ഒരു കഥ പറയും ഇന്ദ്രൻ ഒരിക്കൽ എന്തോ കാരണവശാലും ഒരു പന്നിയായിട്ട് ജനിച്ചു എന്നിട്ട് പന്നി പന്നി കുട്ടികളിട്ട് അവിടെയൊക്കെ ചളിയിൽ കിടന്നിട്ട് വരണേ ഇല്ല മഹർഷി ചെന്ന് ബോധിപ്പിച്ചു രാം പറഞ്ഞു വിളിച്ച പറയണത് എന്ത് ദേവേന്ദ്രൻ എന്ത് ദേവലോകം എന്റെ ഭാര്യയെ നോക്കൂ കുട്ടികളെ നോക്കൂ എന്ത് സൗന്ദര്യം ഈ ചളിയിൽ കളിക്കാൻ എന്ത് സുഖം എന്ന് പറയണു ദേവലോകവും അപ്സര ഒക്കെ പറഞ്ഞു ഇവിടെ വന്നാൽ ഈ ചളിയിൽ കളിക്കാൻ എന്ത് സുഖം എന്നുവെച്ചാൽ ഏത് യോനിയിൽ വീണു അവിടെ വൈരാഗ്യം വരാതെ വീണു പോകും പിന്നെ എന്താ ആരെങ്കിലും ഒക്കെ പുറത്തുനിന്ന് ബോധിപ്പിക്കണം വന്ന് എഴുന്നേൽപ്പിക്കണം അങ്ങനെ എഴുന്നേൽപ്പിക്കാനും നമുക്കൊരു പൂർവപുണ്യത്തിന്റെ ബലം ഉണ്ടാവണം പൂർവപുണ്യത്തിന്റെ ബലം ഉണ്ടെങ്കിൽ ഭഗവാ ഭഗവത് കൃപ എവിടെയെങ്കിലുമൊക്കെ നമ്മളെ പിടിക്കുകയാണെങ്കിൽ ഈ ധൃതരാഷ്ട്രകർക്ക് ഒരുപാട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് വിതുരൻ പല മഹാത്മാക്കളെ കൊണ്ടുവന്ന് പറഞ്ഞു കേൾപ്പിച്ചു സനത്സുജാ സനത്സുജാതീയം എന്നൊരു ഭാഗം വിദുരൻ തന്നെ പലവട്ടം ഉപദേശിച്ചു വിതുര നീതി ഇങ്ങനെ പലതും ഒക്കെ കഴിഞ്ഞിട്ടും ധൃതരാഷ്ട്രകർക്കൊന്നും തെളിഞ്ഞില്ല കാരണം എന്താ ഈ മഹാഭാരത യുദ്ധമൊക്കെ നടക്കണമല്ലോ അതുമൊക്കെ കഴിഞ്ഞു തന്റെ നൂറ് മക്കളും മരിച്ചു തന്റെ കൂടെയുള്ളവർക്കും മരിച്ചു എല്ലാം കണ്ടു അവസാനം ഭീമനെ തന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നിട്ട് ഒക്കെ പരാജയമായി അതും കഴിഞ്ഞ് ഇപ്പോ എല്ലാ ആരെ കൊല്ലാൻ ശ്രമിച്ചുവോ ആ ഭീമനെയും പാണ്ഡവരെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ജീവിക്കുകയാണ് ഭീമൻ രാവിലെ ആയാൽ ഇഡ്ലിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കൂ അതുമൊക്കെ ഭക്ഷിച്ച് ഈ ഭീമം കൊണ്ട് കൊടുക്കുന്നതൊക്കെ ഭക്ഷിച്ച് ഋതരാഷ്ട്രർ ഇരിക്കുകയാണ് വൈരാഗ്യമൊന്നുമില്ല എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ചാപ്പാട് വൈകുന്നേരം രാത്രി എല്ലാം നേര നേരത്തിന് ആയിട്ട് ഈ വാർധക്യത്തിലും വൈരാഗ്യമില്ലാതിരിക്കുന്നത് കണ്ടപ്പോ മിഥുരൻ ആശ്ചര്യം തോന്നി അഹോ ബലീയ സി ജന്തുഹോ ജീവിതാശ ഈ ജന്തുവിനെ ജീവിക്കാനുള്ള ആശ അതി ബലവത്തന്നെ എന്താന്ന് വെച്ചാൽ ഇത്ര വിഷമമുണ്ടായി ഇത്ര കഷ്ടമുണ്ടായി തന്റെ എല്ലാരും മരിച്ചുപോയി എല്ലാം നഷ്ടമായിട്ടും മാനം പോലുമില്ല അത് അപമാനപ്പെട്ടിട്ടും അതിന്റെ നടുവിലിരുന്നിട്ടും ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ രാജൻ എഴുന്നേക്കാം ഈ ഭീമൻ കൊണ്ടുവന്ന് തരുന്നത് ടിഫിനല്ല ഇത് പിണ്ടം ഭീമാപർജിതം പിണ്ടം ആദത്തെ ഗൃഹപാലവത്തിൽ ഗൃഹപാലം എന്ന് വെച്ചാൽ ഗൃഹപാലൻ ഗ്രാമസിംഹം എന്നൊക്കെ പേരുണ്ട് കേട്ടാ നല്ലതാ നല്ല ബഹുമാന്യമായിട്ട് തോന്നും നായ എന്നാണ് അർത്ഥം ഗ്രാമത്തിലെ സിംഹം ഗൃഹപാലൻ ഗ്രാമത്തിലെ സിംഹമാണല്ലോ നായ അതിന്റെ ഏരിയ അതിന്റെ ഉള്ളില് അപ്പോ ഈ ഭീമൻ കൊണ്ടുവന്ന് തരുന്ന പിണ്ടം കഴിച്ചുകൊണ്ടിരിക്കണമല്ലോ കഷ്ടം അങ്ങയ്ക്ക് മരണം അടുത്തു വന്നിരിക്കുന്നു അംഗം ഗളിതം പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോഹീദണ്ഡം തഥപിനെ മുഞ്ചത്തി ആശാ പിണ്ഡം ആചാര്യസ്വാമികൾക്ക് തന്നെ ഒരു തമാശ തോന്നി തോന്നുന്നു ഡം ഡം ആണ് എന്താന്ന് വെച്ചാൽ എല്ലാ ഈ കൈയും കാലുമൊക്കെ പോയി വായലുള്ള പല്ലൊക്കെ പോയി എല്ലാം പോയി നടക്കാൻ വയ്യ എന്നിട്ടും തലയിൽ ഡൈ അടിക്കണമെന്ന് മാത്രം കുറഞ്ഞിട്ടില്ല ചെറുപ്പായാ വേണ്ടില്ല എന്നൊരാഗ്രഹം ചെറുപ്പായാ വേണ്ടില്ല എന്നൊരാഗ്രഹം ഒരു ട്രൗസറൊക്കെ ഇട്ട് നടക്കാൻ വയ്യാൽ വയ്യാതായിട്ട് തഥ പിന്നെ മുൻചത്തി ആശാപിണ്ടം ആശാപിണ്ടം അപ്പോഴും പോണില്ല അത് കക്ഷത്തിലാക്കിക്കൊണ്ട് നടപ്പണം തഥ പിന മുഞ്ചത്തി ആശാപിണ്ഡം ധൃതരാഷ്ട്ര ചീത്ത പറയണത് പ്രിയം കൊണ്ടാണ് ചീത്ത പറയുന്നത് ഇപ്പൊ ശങ്കരാചാര്യർ പരിഹസിച്ചതാണോ നമ്മളുടെ ആചാര്യന്മാർ പരിഹസിച്ചതാണോ പരിഹസിച്ചതല്ല വൃദ്ധനെ ആരെങ്കിലും പരിഹസിക്കോ എല്ലാവർക്കും ഉള്ളതാണല്ലോ വാർദ്ധക്യം എല്ലാവർക്കും വാർദ്ധക്യമുണ്ട് ഈ പറയണ ഞാനും ഇവിടെ ഇരിക്കണ നിങ്ങളും എല്ലാവർക്കും വാർദ്ധക്യമുണ്ട് വാർദ്ധക്യം നമ്മളുടെ മുമ്പിൽ പരിഹസിച്ചു കൊണ്ട് നിൽക്കണമെന്നാണ് പറയുന്നത് ഈ യൗവനത്തിലൊന്നും അഹങ്കാരം കാണിക്കേണ്ട പരിഹസിച്ചുകൊണ്ട് നിൽക്കുന്നു പക്ഷേ വാർദ്ധക്യമാവന്തോറും ഒരു സൗന്ദര്യം വർദ്ധിക്കും എങ്ങനെയാണെങ്കിൽ വെച്ചാൽ ഭക്തി ഉള്ളിലുണ്ടെങ്കിൽ ശൂർപ്പണക സുന്ദരിയായി വേഷം കെട്ടിച്ചെന്ന് നിന്നപ്പോ രാമൻ ചിരിച്ചു അതേ രാമൻ ഒരു വൃദ്ധയെ കണ്ട് സുന്ദരി എന്ന് വിളിക്കണം ആരാന്ന് വെച്ചാൽ ശബരി അത് എന്ത് സൗന്ദര്യമാവുള്ളത് വായിൽ പല്ലില്ല തലയിലിരിക്കുന്ന തലമുടിയൊക്കെ വെള്ളിക്കമ്പി പോലെ ആയി ശരീരം മുഴുവൻ ആടിക്കൊണ്ടിരിക്കണം ഒരു വൃദ്ധയ്ക്ക് എന്ത് സൗന്ദര്യമാവുള്ളതെന്ന് വെച്ചാൽ തപസ്സിന്റെ സൗന്ദര്യം ഭക്തിയുടെ സൗന്ദര്യം പഴുത്ത പഴം ഇവിടെ ധൃതരാഷ്ട്രതയ്ക്ക് ഇത്ര വയസ്സായിരിക്കുന്നു എന്നിട്ട് എഴുന്നേക്കാം കൂട്ടാക്കണില്ല എന്ന് കണ്ടപ്പോ എഴുന്നേക്ക മതി ഒന്നിൽ സ്വയം വിചാരം ചെയ്ത് വൈരാഗ്യം ഉണ്ടാവണം ഞാനോ ഉണ്ടാവണം അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നാലെങ്കിലും ഉണ്ടാവണം യസ്വകാത് പരതോവേഹ ജാത നിർവേദ ആത്മവാൻ ഹൃദികൃത്വ ഹരിം ഗേഹാത് ഹൃദയത്തിൽ ഹരിയെ വെച്ചുകൊണ്ട് പരിവ്രചനം ചെയ്യുന്നവൻ പുരുഷോത്തമൻ എവിടെയെങ്കിലും ചെന്ന് ആർക്കും അറിയാതെ ശരീരം ഉപേക്ഷിക്കണം അവിജ്ഞാത ഗതിർജഹ്യാത് ചില സന്യാസിമാരൊക്കെ ഉണ്ട് വലിയ ആശ്രമത്തിലുള്ളവരാണ് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല പക്ഷേ ഈ അവിദ്യയുടെ ബലം പറയാണ് സന്യാസിമാരായിട്ടുള്ളവര് ചിലര് എനിക്ക് ഇവരോടൊക്കെ പരിധിയുള്ളതുകൊണ്ട് അവർ മഹാത്മാക്കളെ എത്രയോ എടുത്ത് പറയണമല്ലോ അതേസമയം വേറെ സൈഡും പറയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം ഇവിടെ കുഴിച്ചിട്ടിട്ട് ഇവിടെ ഒരു ടോംബ് കെട്ടി ഇവിടെ ഒരു അമ്പലം വെക്കണം മരിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ എന്ത് എന്ത് പോയി ചന്ദ്രശേഖര ഭാരതി സ്വാമി പറഞ്ഞു ശൃംഗേരിയും മഠത്തില് ഏറ്റവും ഉയർന്നൊരു പീഠത്തിൽ ഞാൻ പീഠത്തിൽ ഇരുന്ന് അദ്ദേഹം പറഞ്ഞു ഒരിക്കലും തന്റെ കൂടെ ഉള്ള അസിസ്റ്റന്റിനോട് പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് ആ തുങ്കഭദ്രുങ്ക നദിയിലെടുത്ത് ഇടുക ആ മീനൊക്കെ തിന്നട്ടേന്ന് ആ മത്സ്യം തിന്നട്ടെ അതിനെങ്കിലും പ്രയോജനപ്പെട്ടെ അവിജ്ഞാതകതിർ ജഹ്യാദ് സവൈ ധീര ഉദാഹൃത എന്നാണ് ആരും അറിയാതെ എവിടെയെങ്കിലും വിട്ടിട്ട് ഈ ശരീരത്തിന് അയാളാണ് ധീരെന്ന് എവിടെ പോയിന്നുപോലും അറിയാതെ ഇട്ട് ദൂരകളെ ഇത്രയും പറഞ്ഞ് ധൃതരാഷ്ട്രരെ പിടിച്ചെഴുന്നേപ്പിച്ചു കൊണ്ടുപോയി വിതുരൻ മോക്ഷമാർഗത്തിലേക്ക് തത്വോപദേശം ചെയ്തു കാട്ടിൽ ചെന്നു അവരൊക്കെ തപസ് ചെയ്തു യോഗ സ്ഥിതിയിലിരുന്നുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചു വിതുരനും ജീവൻ മുക്തരായ മുക്തരായിരുന്നതുകൊണ്ട് പ്രഭാസതീർത്ഥത്തിൽ വിതുരനും സ്വയം യോഗസമാധിയിലിരുന്ന് ശരീരം ഉപേക്ഷിക്കുകയും ധർമ്മപുത്രർ അവിടെ കാണുകയും ആ ശരീരത്തിനെ ദഹിപ്പിക്കാൻ പുറപ്പെടുമ്പോൾ അശരീരിവാണി ഉണ്ടായി ആ ശരീരമേ യോഗാഗ്നിമയമാണ് അതിനെ ദഹിപ്പിക്കരുത് എന്ന് അശരീരിവാണി കേൾക്കുകയും ചെയ്തു അങ്ങനെ വിദുരൻ വിതുരന്റെ ഇവരുടെയൊക്കെ വിതുരന്റെ കഥ ഇത് കഴിഞ്ഞ് അർജുനൻ ദ്വാരകയിലേക്ക് ചെന്നു കുറേ ദിവസമായിട്ട് തിരിച്ചു വന്നില്ല കുറച്ചു ദിവസം കഴിഞ്ഞ് അപശകുനമൊക്കെ കണ്ടു തുടങ്ങിയപ്പോ ധർമ്മപുത്രർക്ക് മനസ്സിനൊരു വിഷമം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അർജുനൻ വരണത് വന്നു വീണ് നമസ്കരിച്ചു കണ്ടപ്പോ തന്നെ എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ഒരു അധ്യായം മുഴുവൻ അർജുനനോട് ചോദിക്കുന്നു എന്തുപറ്റി ദ്വാരകയിൽ ചെന്ന് എല്ലാവർക്കും സുഖമല്ലേ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ചോദിക്കേ അർജുനൻ പൊട്ടിക്കരഞ്ഞു നമ്മളൊക്കെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണേനമേ അപഹൃതം തേജ ദേവവിസ്മാപനം ഹരി എന്നെ വഞ്ചിച്ചു കൃഷ്ണൻ എന്നെ വഞ്ചിച്ചു എന്റെ തേജസ് മുഴുവൻ പോയി ഞാൻ ഇത്ര കാലം ഞാനാണ് ഒരു അധ്യായം മുഴുവൻ അർജുനൻ ഭഗവാൻ തന്നോട് ചെയ്ത കൃപയെ പറഞ്ഞു പറഞ്ഞു കറിയാം ഓരോ സംഭവങ്ങളും മഹാഭാരതത്തിൽ നടന്ന ഓരോ സംഭവവും എടുത്ത് അന്നൊക്കെ ഇതൊക്കെ നടന്നപ്പോ ഞാനാണ് ചെയ്തതെന്ന് വിചാരിച്ചു ദ്രൗപതിയെ വരിക്കാനായിട്ട് ആ ചുറ്റുന്ന ചക്രത്തിലുള്ള മത്സ്യത്തിന് അസ്ത്രം ചെയ്തപ്പോ എന്റെ കഴിവ് കൊണ്ടാണെന്ന് വിചാരിച്ചു ഇപ്പൊ മനസ്സിലായി ആ ഭഗവത് കൃപ അവിടെ ഉള്ളത് കൊണ്ടാണ് ഇന്ദ്രപ്രസ്ഥമാക്കി മാറ്റിയത് എന്റെ കഴിവ് കൊണ്ടാണെന്ന് വിചാരിച്ചു ഇപ്പൊ മനസ്സിലായി എനിക്കത് കൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നതാണ് ഇത് എങ്ങനെ മനസ്സിലായി എന്ന് വെച്ചാൽ ഇപ്പൊ അവസാനമാകുമ്പോൾ ഭഗവാൻ പറഞ്ഞു അർജുന ദവിടെ കുറച്ച് സ്ത്രീകളും ഉണ്ട് ഇവരെയൊക്കെ കൊണ്ടുപോവുക ദ്വാരക കുറച്ചു കഴിഞ്ഞാൽ വെള്ളത്തിലാവും ഞാനും ഇവിടുന്ന് പുറപ്പെടുകയാണ് ആ സ്ത്രീകളെയും കൊണ്ട് വരുന്ന വഴിയിൽ ഗോപൈഹി അസദ്ഭിഹി അപലേവ വിനജ്ജിത്തോസ്മി ഈ ഗോപന്മാരൊക്കെ കൂടെ കുറെ കാട്ടാളന്മാർ ഗോപന്മാരൊക്കെ കൂടെ എന്നോട് യുദ്ധം ചെയ്ത് ആ സ്ത്രീകളെയൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ടുപോയി ആ യുദ്ധം ചെയ്ത് അതേ രഥം അതേ ധനുധാരിയായ ഞാൻ ധനുസ് പക്ഷെ ആ സാരഥിയുടെ സീറ്റ് കാലിയായിട്ട് കിടക്കണോ ശക്തിയൊക്കെ പോയി ഭസ്മൻ ഹുതം ഗുഹകരാധം ഇവോത്തമുശ്യാം നിർമാണി ഉദാര രുചിരസ്മിത േ പാർ ഹേ അർജുന സഖേ കുരുനന്ദ സഞ്ജൽപ്പിതാനൃതിപൃശാ സ്മർത്തുലുഠന്തി ഹൃദയം മമ മാധവ നർ ഉദാരചിരസ്മശോഭിതേ പാർ ഹേ അർജുന ഹേ സഖേ കുരുനന്ദതി കൃഷ്ണൻ എന്റെ കൂടെ കിടന്നു എന്റെ കൂടെ നടന്നു ശയ്യാസനാടനസ്ഥാന വികത്തന ഭോജനാദിഷ്യനയം സേഹേ മഹാൻ മഹിതയാ കുമേ അഘമ്മേ ഞാനൊരു ദുഷ്ടൻ ഭഗവാനെ എനിക്ക് സമാനമായിട്ട് കരുതി കൂടെ കിടക്കുകയും നടക്കുകയും ഒക്കെ ചെയ്തപ്പോ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ കൃഷ്ണൻ എന്നെ ഉദാര രുചിരസ്മിതശോഭിത അങ്ങനെ പ്രിയത്തോടുകൂടെ നോക്കി മന്ദഹസിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഹേ അർജുന ഹേ പാർത്ഥ ഹേ സഖേ ഹേ കുരുനന്ദന എന്ന് വിളിച്ചതൊക്കെ എന്റെ ഹൃദയത്തിൽ അസ്ത്രം പോലെ തറച്ചു കയറുന്നു നർമാണി ഉദാര രുചിരസ്മിതശോഭിതേ പാർ ഹേ അർജുന സഖേ കുരുനന്ദനേതി സഞ്ജൽപ്പിതാനൃതിപൃശാ സ്മർത്തുർലുഠന്തി ഹൃദയം മമ മാധവ ഇങ്ങനെ കുറേ കരഞ്ഞു ഇങ്ങനെ കരഞ്ഞു കുറേ കഴിഞ്ഞപ്പോ ഏവം ചിന്തയതോ ജിഷ്ണോ കൃഷ്ണപാദ സരോരുഹം കൃഷ്ണനെ ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് തന്നെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് സൗഹാർദേൻ അതിഗാഠേൻ അതിഗാഠമായി സൗഹാർദ്ദത്തിനെ സ്മരിച്ചുകൊണ്ട് കരഞ്ഞു ശാന്താസീൻ വിമലാമതി എത്ര നേരം കരയും എത്ര നേരം തന്നെ കരയാനൊക്കും കരഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ ദുഃഖമൊക്കെ ശ്രമിച്ചപ്പോ ബുദ്ധി തണുത്തു മനസ്സടങ്ങി ചിത്തം ശാന്തമായി എവിടെയോ ഒരു ശബ്ദം കേട്ടു അവജാനന്തിമാ മൂഢാഹാ മനുഷ്യം തനുമാശ്രിതം മൂഢന്മാരാണ് ഞാൻ ഒരു മനുഷ്യനാണെന്നും ഞാൻ ജനിച്ചുവെന്നും ഞാൻ മരിച്ചുവെന്നും ജനനമരണമില്ലാത്ത എന്നെ ഇങ്ങനെയൊക്കെ കരുതുന്നത് മൂഢന്മാരാണ് ഞാൻ ജായതേ മറിയദേവാ കഥാചിത് ജനനമരണമില്ലാത്ത വസ്തുവായി എന്നെ മൂഢന്മാർ ജനിച്ചു എന്ന് കരുതുന്നു ഗീതം ഭഗവതാ ജ്ഞാനം എത്തത് സംഗ്രാമൂർധനി കാലകർമ്മ തമോരുദ്ധം പുനരധ്യഗമത് പ്രഭു ആ കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവാൻ ഉപദേശിച്ച ഗീത അർജുനന് കുറെ കാലം മറന്നുപോയിരുന്നു അപ്പൊ നമുക്കൊക്കെ മറന്നു പോകുമ്പോ ഒന്നും പേടിക്കണ്ട എന്താന്ന് വെച്ചാൽ നഷ്ടപ്പെടുകയേയില്ല അതിനാണ് ഈ കഥ നമ്മൾ വിചാരിക്കും ഈ കേട്ടതൊക്കെ കുറെ കഴിയുമ്പോൾ മറന്നുപോയിയല്ലോ പലരും പറയും ഈ കേട്ടിട്ട് എന്ത് കാര്യമൊക്കെ മറന്നു പോകുന്നു ചിലർ മറ്റുള്ളവരെ കുറിച്ച് പറയും അവരെക്കുറിച്ച് ചിന്തിക്കുകയില്ല മറ്റുള്ള ഇത്രയൊക്കെ കേൾക്കണം എന്താ കാര്യം ഒക്കെ മറന്നു മറന്നുപോയാൽ ഒരു കുഴപ്പമില്ല ഓർമ്മിക്കുന്നതൊക്കെ ഇപ്പൊ നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നാലോചിച്ച് നോക്കും ഈ ഓർമ്മിക്കുക മറക്കുക എന്നുള്ളതൊക്കെ മനസ്സിന്റെ തലമാണ് പക്ഷെ ഗീത മനസ്സിന്റെ തലത്തിലല്ല ഉപദേശിച്ചത് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ സഹായമൊന്നും വേണ്ട ഗീത ഉള്ളിൽ പ്രവർത്തിക്കാം ബ്രഹ്മവിദ്യ ഉള്ളിൽ പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഈ തുച്ഛമായ മനസ്സിനെയും ബുദ്ധിയും വെച്ചുകൊണ്ട് ആത്മസാക്ഷാത്കാരം നേടാൻ പറ്റുമോ ഓട്ടയായ തോണിയും വെച്ചുകൊണ്ട് സമുദ്രം കിടക്കാൻ പോണ പോലെയാണ് നമ്മൾ ചെയ്യുന്നത് എന്താ തീവ്ര മുമുക്ഷുത്വം വരുമ്പോൾ ഒരു സദ്ഗുരുവിൽ നിന്നും ശ്രവണം ചെയ്യണു കഴിഞ്ഞു അതോടെ നമ്മുടെ പണി കഴിഞ്ഞു സാധിക്കുമെങ്കിൽ തിരി മനനം നേരം പോക്കിനും പക്ഷേ ആ വിദ്യ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ അർജുനൻ ഒരു ദിവസം ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ എനിക്ക് കേട്ടതൊന്നും തോന്നുന്നില്ലല്ലോ ഒക്കെ മറന്നുപോയിയല്ലോ ഭഗവാൻ പറഞ്ഞു പേടിക്കേണ്ട അർജുന ഞാനൊന്ന് ഉപദേശിച്ചതുണ്ടല്ലോ അത് നഷ്ടമാവേയില്ല സവൈ ധർമ്മ സുപര്യാപ്ത ബ്രഹ്മണ പദവേദന തന്നെ ബ്രഹ്മാനുഭവം ഉണ്ടാക്കാനായി അത് തന്നെ മതി പിന്നെ എന്താ തോന്നാത്ത തോന്നാതിരിക്കാൻ കാരണമുണ്ട് കേട്ടത് തോന്നില്ല എന്ന് പറയണമല്ലോ അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഇനിയും കുറച്ച് ചിലതൊക്കെ അനുഭവിക്കാൻ ബാക്കിയുണ്ട് പക്ഷേ ഈ കടന്നതുണ്ടല്ലോ അതൊരു കാര്യം ചെയ്യും ഇത് ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ പുതിയതായ വാസനകളും പുതിയതായ കർമ്മങ്ങളും ഉണ്ടാക്കാതെ രക്ഷിക്കും പക്ഷെ ഉള്ളത് തീരണം ഇപ്പൊ ഉള്ള ആ ഒരു ആവരണം നീങ്ങിയാൽ ആ തിരസ്കരണി നീങ്ങിയാൽ പ്രകാശാവരണക്ഷയം ഉണ്ടായാൽ പ്രകാശം അറിയപ്പെടും ആ ഇപ്പോൾ ഉള്ള തടസ്സം അങ്ങനെ നീങ്ങിക്കഴിയുമ്പോൾ ഈ കേട്ടത് മുഴുവൻ തോന്നും കേട്ടത് മുഴുവൻ പ്രകാശിക്കും ഉള്ളില് ജ്വലിക്കും കാല കർമ്മ തമോരുദ്ധം കർമ്മം കൊണ്ടും കാലം കൊണ്ടും ഉള്ള ഒരു തപസ് എത്രയോ കാലമായി ചെയ്ത കർമ്മവാസനകൾ അട്ടിയട്ടി ചേർന്ന് ഒരു കൂരിരുട്ടായിട്ട് ഒരു നിദ്രാ രൂപത്തിൽ നമ്മളുടെ ഉള്ളിലുള്ള ഉജ്ജ്വലമായ പ്രകാശത്തിനെ മറിച്ചിട്ടുണ്ട് ആചാര്യസ്വാമിയിൽ ശിവാനന്ദ ലഹരിയിൽ പറയുന്നു ഒരേ ഒരു സൂര്യൻ അമ്മാവാസ ദിവസമുള്ള ഇരുട്ടിനെ നേരം വിളിച്ചു പോകുമ്പോഴേക്ക് ഇല്ലാതാക്കണോ അങ്ങേ ശാസ്ത്രങ്ങൾ കോടി സൂര്യപ്രകാശം എന്നൊക്കെ പറയുന്നു എന്നിട്ടും എന്താ ഉള്ളിലുള്ള ഇരുട്ട് പോവാത്തതെന്നാണ് കീതൃഗ്ഭവേദ്മഹ എന്റെ ഉള്ളിൽ അത്ര കട്ട പിടിച്ച് ഇരുട്ടുണ്ടെന്നാണ് ആ ഇരുട്ടും പോകും ആ ഇരുട്ട് ക്രമേണ രാഗദ്വേഷമില്ലാത്ത ആ ജ്ഞാനം കൊണ്ട് ക്രമേണ ഇല്ലാതാവുമ്പോ ഭഗവത് കൃപ കൊണ്ട് ഇല്ലാതാവുമ്പോ ഉള്ളിലുള്ള ഭഗവത് സ്വരൂപം പ്രകാശിക്കും ഇപ്പൊ അർജുനനാ ഉണ്ടായ പോലെ ഉണ്ടായെന്ന് മാത്രമല്ല വിശോകോ ബ്രഹ്മസമ്പത്യാ മനസ്സ് ബ്രഹ്മത്തിൽ ലയിച്ചു എന്നുവെച്ചാലോ ഉള്ളിലുള്ള ശുദ്ധമായ പ്രജ്ഞയില് മഹാവാക്യത്തിന് ഉൾപ്പൊരുളായ വസ്തുവിൽ മനസ്സകമേക്ക് ലയിച്ചില്ലാതായി ശോകം പോയി നിശോകോ ബ്രഹ്മസമ്പത്യാ സഞ്ചിഹ്ന ദ്വൈത സംശയ ദ്വൈത പ്രപഞ്ച ഉണ്മയാണെന്നോ ഞാൻ എന്നൊരു പ്രത്യേക വ്യക്തി ഉണ്ടെന്നോ എനിക്ക് നീ പ്രത്യേകിച്ച് എന്തെങ്കിലും നേടാനോണ്ടെന്നോ ഉള്ള ഭ്രമം വിട്ടുപോയി അഖണ്ഡമായ ഒരു ബോധം മാത്രമേ ഉള്ളൂ എന്നുള്ള അനുഭവം ഉണ്ടായി ലീന പ്രകൃതി സൂക്ഷ്മ ശരീരം ഉള്ളെന്ന് പോയി മറിഞ്ഞു നൈർഗുണ്യാത് സത്വം രജസ്തമസ് എന്നുള്ള ഗുണങ്ങൾ വിട്ടുപോയി അതിനെ കടന്നു നിന്നു അലിംഗത്വാത്ത് ലിംഗശരീരം വിട്ടുപോയതുകൊണ്ട് കാരണശരീരവും സൂക്ഷ്മ വിട്ടുപോയതുകൊണ്ട് അസംഭവ ഇനി സംഭവമില്ലാതാണ് എന്ന് വെച്ചാൽ ഇനിയൊരു ജനനമില്ല ഇനിയൊരു സംഭവിക്കൽ ഇല്ലാതായിട്ട് തീരുന്നു കുന്തി ചോദിച്ചു ഭഗവാനെ എനിക്ക് അങ്ങയുടെ സ്വരൂപാനുഭവം വേണമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ കുന്തിക്കും അത് ഭഗവാനോട് കൊടുത്തു എന്നാണ് നിശമ്യ ഭഗവത് മാർഗം സംസ്ഥാ സ്വകുലസ്യ സ്വപതായ മതിം ചക്രേ നിഭൃതാത്മാ യുധിഷ്ഠിരഹാം പൃഥാപി അനുശ്രുത്യ ധനോദിതം നാശം യദൂനാം ഭഗവത്ഗതി ചതാം കുന്തി രണ്ടുപരമാണ് ചോദിച്ചത് ഒന്ന് യതുക്കളോടും മറ്റോ ഈ ബന്ധം വിട്ടുപോകണം രണ്ട് ഭഗവത് അനുഭവം വേണം യതുക്കളൊക്കെ നശിച്ചുപോയി എന്നുള്ള വാർത്തയും അർജുനനിൽ നിന്ന് കേട്ടു ഭഗവാൻ നാശമില്ലാത്ത വസ്തുവാണെന്നും അഹം ആത്മാ ഗുഢാകേശ സർവഭൂതാശയസ്ഥിത നമ്മളുടെ ഉള്ളിലുള്ള എപ്പോഴും അനുഭവത്തിൽ ഒളിഞ്ഞുകൊണ്ടിരിക്കുന്ന സച്ചിദാനന്ദമയമായ വസ്തുവാണെന്നും അർജുനനിൽ നിന്ന് കേട്ടു അർജുനൻ കുന്തിക്കൊരു ഗുരുവായിട്ട് തീർന്നുകൂടെ ഭഗവാൻ അർജുനന് വിളക്ക് കൊടുത്തു ആ വിളക്ക് കുന്തിക്കും കിട്ടി പൃഥാപി അനുശ്രുത്യ ധനോദിതം നാശം യദൂനാം ഭഗവത്ഗതി ചാം भक्त्या भगवती अधोक्षज भगवानोड़े भक्तूशिता मन सीस्थि वो उपरराम संस्ते संसार उपरमी पंचवांडवन्मर ओर विह प्रस्थान कई परीक्षित राजू परीक्षित राज्य भगवान्नी अली पदक पदक पदक काल वचु കരി ഒട്ടകം ഈ എന്താ അറബിയുടെ കൂടാരത്തിൽ മരുഭൂമിയിൽ പോയപ്പോ ഒട്ടകത്തിനെ പുറത്ത് നിർത്തിയാത്ര അറബി ഒട്ടകം പറഞ്ഞാൽ കേക്കണില്ല അറബി കൂടാരം നിർമ്മിക്കുമ്പോ ഒട്ടകം സഹായിച്ചില്ല അറബി മെനക്കിട്ടൊരു കൂടാരം കിട്ടിയപ്പോ പുറത്ത് തണുക്കണു ഒട്ടകം പറഞ്ഞു ഞാൻ ഇത്തിരി മൂക്കു ഉള്ളിലിട്ടോട്ടെ വേണ്ട എന്ന് പറഞ്ഞു ഏയ് എന്നെ സമ്മതിക്കൊന്നു അല്പമൊന്ന് യാതിച്ചപ്പോ ശരി മൂക്കും അകത്തെ ഇട്ടോളാംന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ തല ഇട്ടോട്ടേന്ന് ചോദിച്ചു ചോദിക്കണമൊക്കെ ഇട്ടിട്ടാണ് ചോദിക്കുന്നത് അല്ലാതെ ഇട്ടോട്ടേന്നല്ല പിന്നെ കഴുത്ത് പിന്നെ പതുക്കെ പൂഞ്ഞ പിന്നെ പതുക്കെ കയ്യെ കാല് തല അറവി പുറത്ത് ഇതുപോലെയാണ് കലി പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ഉള്ളിലേക്ക് ഓരോന്നോരോന്നായി നുഴഞ്ഞു ഓരോ ഓരോ വിഷയങ്ങളായി നമ്മൾക്ക് ആകർഷണം കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഒരുമിഞ്ഞു ഇങ്ങനെ കലി പരീക്ഷത്തിന്റെ രാജ്യത്തില് കടക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കാണ് പരീക്ഷത്ത് കലിയെ നിഗ്രഹം ചെയ്യാൻ വാളും കൊണ്ട് പോയപ്പോ കാലു വീണ് നമസ്കരിച്ചു ഇനിയിപ്പെന്ത് ചെയ്യും കാലു വീണ് നമസ്കരിച്ചു കലി പറഞ്ഞു എന്നെ കൊല്ലരുത് ശരി ഞാൻ കൊല്ലണില്ലാ വേറെ എവിടെയെങ്കിലും പോയിരിക്കും ഗൾഫ് രാജ്യത്തിൽ പോയിരിക്കൂ അമേരിക്കയിൽ പോയിരിക്കൂ എവിടെയെങ്കിലും ആഫ്രിക്കയിൽ പോയിരിക്കൂ ഓസ്ട്രേലിയയിൽ പോയിരിക്കൂ ഇന്ത്യയിൽ നമ്മുടെ ഭാരതദേശത്തിൽ വേണ്ട പോവും കലി പറഞ്ഞു സ്വാമി ഞാൻ അവിടെയൊക്കെ ഇപ്പൊ തന്നെ ഒക്കെ ആയിക്കഴിഞ്ഞു എനിക്ക് നിങ്ങളുടെ നാട്ടിലും സ്ഥലം തരണം നിങ്ങളുടെ നാട്ടിലും സ്ഥലം തരണം എവിടെയെങ്കിലും ചിരിക്കണം അതെന്റെ ധർമ്മമാണ് നമ്മളിപ്പോ കലിന്നൊക്കെ പറയണു എല്ലാ കലി എന്ന് വെച്ചാ എന്താ രജോ ഗുണം തമോ ഗുണവും ഒക്കെ തന്നെ കലി വെറുതൊന്നുമില്ല രാഗദ്വേഷം കാമകോപങ്ങളൊക്കെ തന്നെ കലി അല്ലാതെ കലിന്നൊരു മൂർത്തരൂപം സൃഷ്ടിക്കണം എല്ലാവരുടെ ഉള്ളിലുള്ള അജ്ഞാനം തന്നെ കലി കലി ചോദിച്ചു പരീക്ഷിച്ച് കുറച്ച് കുറച്ച് സ്ഥാനമൊക്കെ കൽപ്പിച്ചു കൊടുത്തു കലിക്ക് എവിടെയാ കൊടുത്തതെന്ന് വെച്ചാൽ ആദ്യം ഓരോ സ്ഥാനങ്ങളായ സ്ഥലങ്ങൾ ദ്യൂതം പാനം സ്ത്രീയ സൂനാഹ എത്ര അധർമ്മ ശത്രുവിധ നാല് അധർമ്മങ്ങളുടെ സ്ഥാനങ്ങൾ കൊടുത്തു എന്നാണ് ആദ്യം ദ്യൂതം ചൂതുകളിക്കാം ചൂത് കളിക്കാന്ന് വെച്ചാൽ ഇത് അഞ്ചു വെച്ച പത്ത് ഇങ്ങനെ വട്ടക്കിറക്കിക്കൊണ്ടിരിക്കും പഴയ ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് പൈസ കൊടുത്താൽ അമ്പത് പൈസ അങ്ങനെ ആളുകൾ വട്ടത്തിൽ നിൽക്കേണ്ട വേണിച്ചു അത് ഇതിന്റെ ഒരു ചെറിയ രൂപം ഇത് പോയി പോയി വലിയ വലിയ വലിയ ബിസിനസ് ഒക്കെ ഇപ്പൊ അതാണ് നമ്മളിപ്പോൾ ബിസിനസ് ജോലി എന്നൊക്കെ പറയണത് പലതും ദ്യൂതമാണ് കണ്ടാൽ നല്ല ബിസിനസ്സായിട്ട് തോന്നും എല്ലാം ദ്യൂതമാണ് അവിടെ കലിയുണ്ട് എന്നാണ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം അതിൽ നിന്നും കള്ളം കള്ളം പറയുകയാണല്ലോ ദ്യൂതത്തിൽ മുഖ്യം ഒന്നും ഇല്ലാത്തത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ അഡ്വെർടൈസ്മെന്റ് ഒക്കെ അങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കൊണ്ടുവരും അതിന് എത്ര കൂടുതൽ വില പറയണോ അത്ര കണ്ട് ചെലവാക്കാൻ മതി ഒരു കോല് എന്തിനാണ് പല്ലുകൂത്താനാണ് എന്നിട്ട് അഡ്വെർടൈസ്മെന്റ് ഇടും ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് രണ്ടുപേരും സംസാരിക്കണ പോലെ കള്ളം കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ച് ദുഃഖദ്യൂതമാണ് അവിടെ കലിയുണ്ടെന്ന് അറിഞ്ഞോളൂന്നാണ് സൂക്ഷിച്ചോളാ പാനം മദ്യപാനം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലത്തും കലിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ബുദ്ധി പതുക്കെ പതുക്കെ പതുക്കെ ക്ഷയിച്ചു പോവും വിവേകം ക്ഷയിച്ചു പോവും ദ്യൂതം പാനം സ്ത്രീയഹ സ്ത്രീകൾ ചാരിത്രശുദ്ധി നഷ്ടപ്പെട്ടാൽ അവിടെ കലിയുണ്ട് എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാരെക്കാളും സ്ത്രീകളെ ആശ്രയിച്ചാണ് സമൂഹം നിൽക്കുന്നത് പുരുഷന്മാരെക്കാളും സ്ത്രീകൾ ദൂഷിച്ചാൽ സമൂഹം നശിപ്പോവും അത് പ്രത്യക്ഷമായി നമുക്ക് കാണാം പുരുഷന്മാരൊക്കെ ഒറ്റത്തടിയാണ് എല്ലാ കാലത്തും അവര് നിശ്ചവരാം കുറെ ആളുകൾ അങ്ങനെ പോവും പക്ഷേ സ്ത്രീകളിലാണ് നമ്മൾ ധർമ്മം നിന്നിരിക്കുന്നത് സ്ത്രീകളെ ആശ്രയിച്ചാണ് നമ്മൾ ധർമ്മം നിന്നിരിക്കുന്നത് ഇന്നും അതെ നോക്കുക ഭാഗവതവും ഭക്തിയും ഒക്കെ അധികവും സ്ത്രീകളിലാണ് ഇപ്പോ സ്ത്രീകളെയൊക്കെയാണ് പതുക്കെ പതുക്കെ ഇപ്പൊ കലി പിടിച്ചിരിക്കുന്നത് രാത്രി ജോലി പകൽ ജോലി രാവും പകലും ജോലിയെടുക്കാൻ പോവുക അവർക്ക് വേറെ വീട് നോക്കാൻ സമയമില്ല വേറൊന്നും കുട്ടികളെ നോക്കാൻ സമയമില്ല സ്ത്രീകൾ സദാധാരണത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ കലി ഇതൊക്കെ സാധകന്മാർക്ക് സൂചനയാണ് അല്ലാതെ ഇത് സമൂഹ നിയമം മാറ്റാനല്ല സമൂഹ നിയമം മാറ്റി സ്ത്രീകളൊന്നും അങ്ങനെ പാടില്ല എന്നൊന്നും പറയില്ല നമ്മളോട് പറയുകയാണോ സൂക്ഷിച്ചോളൂ അങ്ങോട്ട് പോവരുത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഭക്തി സാധനയ്ക്ക് അത് തടസ്സം അല്ലാതെ സമൂഹത്തിനെ നന്നാക്ക അധ്യാത്മികമേ അല്ല സമൂഹം നായുടെ വാലാണ് അത് നിവൃത്തിയാ വളയും നിവൃത്തിയാ വളയും അപ്പൊ സമൂഹം നന്നാക്കലല്ല ഇത് സ്ത്രീകളെ നന്നാക്കലോ കാരണം സമൂഹമേ ഇല്ല ഇവിടെ പിന്നെ നമുക്ക് സൂചനയാണ് നിങ്ങൾക്ക് ശാന്തി വേണം ഈ സാധനങ്ങളിൽ നിന്നൊക്കെ ഒതുങ്ങി നിൽക്കുമെന്നാണ് സൂന ഹിംസ നടക്കുന്ന സ്ഥലം അവിടെയും കലിയുണ്ട് എത്ര അധർമ്മശതുവിധ പോര കലി പിന്നെയും തലചൊറിഞ്ഞ് നിന്നു അപ്പോ ജാതരൂപം സ്വർണം കൊടുത്തു സ്വർണത്തിലിരുന്നോളാണ് സ്വർണം കിട്ടിയപ്പോ കലിക്ക് സന്തോഷമായി അതിന്റെ പേരിൽ എത്ര യുദ്ധം എത്ര ബഹളം എന്തൊക്കെ നടക്കണോ അല്ലെ ഇപ്പോഴും ആഭരണം അണിയുന്നുണ്ടോ ഇല്ലയോ എല്ലാം വാങ്ങിവെക്കുന്നുണ്ടെന്നാണ് ഈ നാല് സ്ഥലങ്ങൾ കൊടുത്ത് കലി പിടിച്ചു ഒരു ദിവസം പരീക്ഷിത് മഹാരാജാവ് വേട്ടയ്ക്കായിട്ട് കാട്ടിൽ ചെന്നപ്പോൾ പരീക്ഷിത്തിനെ തന്നെ അല്പം കലി ബാധിച്ചു ബുദ്ധിയിൽ പരീക്ഷിത്ത് കാട്ടിൽ ചെന്നപ്പോൾ ദാഹം വല്ലാത്ത ദാഹം അന്വേഷിച്ച് അങ്ങനെ ചെന്നപ്പോ ഒരു ഋഷി തപസ് ധ്യാനം ചെയ്തുകൊണ്ടിരിക്കും ഷമീകൻ എന്ന് പറയുന്ന ഋഷി രാജാവ് ചെന്നിട്ടും അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല എന്ന് കണ്ടപ്പോ രാജാവിനും വല്ലാത്ത ദേഷ്യമോ ഞാൻ ഇവിടുത്തെ രാജാവ് വന്നിരിക്കണു ഇദ്ദേഹം എന്ത് ധ്യാനം വൃഷാസമാധിയാണെന്ന് തോന്നുന്നു ഇത് വെറുതെ സമാധി പോലെ ഇരിക്കാം ഞാൻ നോക്കട്ടെ ചിലരൊക്കെ മെഡിറ്റേഷനിൽ ഇരിക്കും പക്ഷെ മെഡിറ്റേഷൻ ആണോ എന്ന് കുറെ നേരം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറെ കഴിയുമ്പോ തല ഇങ്ങനെ വീഴും ഈ ഷമീകൻ എന്ന് പറയുന്ന ഋഷി വാസ്തവത്തിലെ സമാധിയാണോ അല്പ ഒരു ബുദ്ധി പതറിപ്പോയി പക്ഷെ എന്താ ചെയ്യാം അവിടെ ചത്തുകിടക്കുന്ന ഒരു പാമ്പ് വില്ലിന്റെ കോഴി കൊണ്ട് എടുത്ത് കഴുത്തിൽ കിട്ടും പരീക്ഷിച്ച് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തു പക്ഷെ മഹാത്മാക്കൾ ചിലപ്പോൾ ഇങ്ങനെ തെറ്റ് ചെയ്താൽ അനുഗ്രഹമായിട്ട് മാറും ബാക്കിയുള്ളവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ അവരുടെ തെറ്റുപോലും ഭഗവാനാൽ നിയന്ത്രിതമാണ് അർത്ഥം അവരുടെ തെറ്റുപോലും ഭഗവാനാൽ നിയന്ത്രിതമായിട്ട് നടക്കണം ഈ പാമ്പെടുത്ത് കഴുത്തിലിട്ടതോടുകൂടെ ഷമീകന്റെ പുത്രന് ഇതൊരു ചത്ത പാമ്പ് ശരീരം ഒരു ജഡം അതിലൊരു ചത്ത പാമ്പിനെ ഇട്ടാൽ എന്താ പോ അദ്ദേഹം കൂട്ടാക്കിയില്ല ശമീകൻ അറിഞ്ഞിട്ടും കൂട്ടാക്കിയില്ല പക്ഷേ ഷമീകന്റെ പുത്രനായി ശൃംഗി കോപിച്ച് ശപിച്ചു ക്ഷത്രിയന്മാരൊക്കെ ധർമ്മം തെറ്റി നടക്കാൻ തുടങ്ങിയിരിക്കണം ഇത്ര ഉയർന്ന കുലത്തിൽ പരന്ന രാജാവ് ഇങ്ങനെ ഒരു തെറ്റി ചെയ്തത് വെറുതെ വിട്ടുകൂടാ ഞാനിതാ ശപിക്കണം ഇന്നക്ക് ഏഴാമത്തെ ദിവസം വേറൊരു സാധാരണ പാമ്പല്ല തക്ഷകൻ തക്ഷകൻ എന്താ വിശേഷം എന്ന് കടിച്ച ആളെ ഉണ്ടാവില്ല ട്രീറ്റ്മെന്റിനൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല വേഷവിറക്ക് വിദ്യ ഒന്നും നടക്കില്ല എന്താന്ന് വെച്ചാൽ ശരീരം വല്ലതും വേണ്ട ഇവിടെ വെറും ചാരം ഒരുപിടി ചാരം അപ്പൊ തക്ഷകദംശമേറ്റ് രാജാവ് മരിക്കും എന്ന് ശാപം ഈ ശാപവാർത്ത രാജാവിനെത്തുക ഒന്ന് ആലോചിച്ചു നോക്കൂ എങ്ങനെയുണ്ടാവും ഇവിടെ എവിടെയെങ്കിലും പാമ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി നമ്മൾ ആരും ഹാളിൽ ഉണ്ടാവില്ല പാമ്പ് കടിച്ചു മരിക്കും എന്നൊരു വാർത്ത കിട്ടുകയാണെങ്കിൽ ഇത്ര ദിവസത്തിലും മരിക്കും എന്നൊരു വാർത്ത കിട്ടുകയാണെങ്കിൽ എന്തോ വർഷം മുമ്പ് ഒരു സിലോൺ എന്നൊരാൾ ശിവാനന്ദ സരസ്വതി സ്വാമിയെ ഋഷികേശിൽ കാണാൻ ചെന്നു പയ്യൻ ഇരുപത്തിയഞ്ച് വയസ്സ് ഡോക്ടർമാരൊക്കെ അദ്ദേഹത്തിന് നോക്കിയിട്ട് ഇതിപ്പോ ആയിരത്തി െട്ടോ നാൽപ്പത്തൊമ്പതിലോ ഡോക്ടർമാരൊക്കെ നോക്കിയിട്ട് വളരെ സീരിയസ് ആയ ഹാർട്ട് പ്രോബ്ലം ഉണ്ട് കുറച്ചു മാസങ്ങൾക്കകം മരിച്ചു പോകും എന്ന് പറഞ്ഞു എന്തോ വേദന വന്നപ്പോ ശിവാനന്ദ സരസ്വതിയെ ചെന്ന് കണ്ടു ഋഷികശി ശിവാനന്ദ സരസ്വതി പറഞ്ഞു ഇപ്പോ സിലോണിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ തിരിച്ച് അദ്ദേഹം സിലോണിൽ ചെന്നപ്പോഴാണ് കണ്ടത് ശിവാനന്ദ സരസ്വതി അദ്ദേഹത്തിന് പണമൊക്കെ കൊടുത്ത് ഋഷികേശിലേക്ക് വരാൻ പറഞ്ഞു ഋഷികേശില് വന്നിട്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ തിരുവണ്ണാമല തീർത്ഥക്ഷേത്രമാണ് അവിടെ രമണ ഭഗവാൻ ഉണ്ട് ഏതായാലും മരണത്തിനെ കാത്തിരിക്കുകയാണല്ലോ ഇനിയിപ്പോ അവിടെ പോയി മരിക്കണതാണ് നല്ലത് ഇപ്പൊ നാല്പത്തി ഒമ്പത് ഇദ്ദേഹത്തിന് വയസ്സ് പോലും ആയിട്ടില്ല അപ്പോഴാണ് ആയിരത്തി അവിടെ ചെന്ന് കാണാൻ പറഞ്ഞു കണ്ടിട്ട് അവിടെ തന്നെ താമസിക്കാൻ പറഞ്ഞു അദ്ദേഹം എപ്പോഴും താമസിക്കേണ്ടത് അവിടെ ഇപ്പോഴും അദ്ദേഹം എപ്പോഴും കാണും എന്നുവെച്ചാൽ ചിലപ്പോ മരണം മുമ്പിൽ വരണോ എന്നുള്ളത് നമുക്ക് ഊർധ്വഗതിക്കുള്ള കാരണമായിട്ട് തീരും മരണത്തിനെയും കാത്തുകൊണ്ടിരിക്കുകയാണ് ജീവിതം മുഴുവൻ അങ്ങനെ ഒരു ഭാഗ്യമാർക്ക് കിട്ടും മരണത്തിനെയും കാത്തുകൊണ്ടിരിക്കുക പരീക്ഷത്തിന് ഏഴാമത്തെ ദിവസം മൃത്യു എന്ന് ഋഷി പറഞ്ഞു ശാപം ഈ വാർത്ത പരീക്ഷത്തിന്റെ ചെവിയിൽ വീണു ോ അറിയാതൊരു പാപം ചെയ്തുവെങ്കിലും അത് കഴിഞ്ഞ് പശ്ചാത്തപിച്ചുകൊണ്ട് ഈ ചെയ്ത പാപത്തിന് പരിഹാരമായി എന്റെ എല്ലാം നശിച്ചു പോയാലും വേണ്ടില്ല എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയാലും വേണ്ടില്ല അതോ വിഹായേമം അമും ചലോകം വിമർശിതൗ ഹേയതയാ പുരസ്താത് കൃഷ്ണാഘ്രി സേവാം അതിമന്യമാനാ ഉപാവിശപ്രായമർത്യനദ്യാം പ്രായശ്ചിത്തം എന്ന് നമ്മൾ പറയും പ്രായഹ നാമ തപഃപ്രോക്തം പ്രായഹ എന്ന് വെച്ചാൽ തപസ് തീരുമാനിച്ചു ഈ ലോകവും ഈ ശരീരവും ഈ രാജ്യവും എന്തിനു കൊള്ളും സർവേക്ഷൈഷ്ണവ ഇതൊക്കെ നശിച്ചു പോകുന്നതാണ് എന്തിനു കൊള്ളാം ഇതൊക്കെ ഇത്രയും വലിയ കെട്ടിടം ഇത്രയും വലിയ കൊട്ടാരം ഇത്രയും സമൃദ്ധമായ രാജ്യം ഒരു ബ്രാഹ്മണ പയ്യൻ പുറത്തിട്ടതും പോയി ഇതെന്തിനു കൊള്ളും എത്ര ദിവസത്തേക്ക് നിൽക്കും ഇതൊക്കെ നശ്വരമാണെന്ന് ഞാൻ മുൻകൂട്ടി അറിഞ്ഞതാണ് മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പങ്ങാക്കുന്നതും ഭവാൻ ഒരിക്കൽ അടുത്ത ദിവസം ഭിക്ഷു ഇതൊക്കെ ലോകത്തിൽ കാണുന്നതാണ് ഇതൊന്നും സാരമില്ല ഞാനിതാ ഇനിയുള്ള കാലം കൃഷ്ണാഘ്രി സേവാ മധിമന്യമാണ് കൃഷ്ണപാത സരോരുഹത്തിനെ ആശ്രയിച്ചുകൊണ്ട് ഗംഗാതീരത്തിൽ ചെന്ന് തപസ് ചെയ്യാൻ പോകുന്നു എന്ന് തീരുമാനിച്ച് പ്രായശ്ചിത്തം ചെയ്യാമോ ഏഴാമത്തെ ദിവസം തക്ഷകൻ വരട്ടെ ദശത്വലം തക്ഷക ഈ തക്ഷകൻ കടിച്ചോട്ടെ ഗംഗാതീരത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ അത്ര വശിഷ്ഠൻ ചെവനൻ ശരദ്വാൻ അരിഷ്ടനേമി ഭൃഗു അനേക ഋഷീശ്വരന്മാര് ദേവന്മാര് നദികളൊക്കെ മൂർത്തരൂപം പൂണ്ട് ഗംഗാതീരത്തിൽ വന്ന് നിൽക്കണം ദേവഋഷികളും രാജ ഋഷികളൊക്കെ വന്ന് നിൽക്കണം ഓരോ ഋഷിയും അതിൽ ഒരാളെ കാണണമെങ്കിൽ എത്ര ജന്മം തപസ് ചെയ്യണമെന്ന് അറിയില്ല എല്ലാരും കൂട്ടത്തോടെ നിൽക്കാം ഏതോ മഹാസംഭവത്തിനായി കാത്തുകൊണ്ടിരിക്കണ പോലെ രാജാവ് പറഞ്ഞു ഞാൻ ചെയ്തതോ ഒരു പാപം അതിനിങ്ങനൊരനുഗ്രഹമോ അഹോ അദ്യവയം ബ്രഹ്മൻ സത്സേവ്യ ക്ഷത്രബന്ധവ കൃപയാ അതിഥിരൂപേണത്ഭീ തീർത്ഥകാത അഹോ വയം അദ്ധ്യതമാനൃപാണം മഹത്തമാനുഗ്രഹണീയശീലാഹ രാജ്യാം കുലം ബ്രാഹ്മണ പാദശൗചാത് ദൂരാത് വിസൃഷ്ടംവത ഗർയകർമ്മ ഞാൻ ചെയ്തതോ ഒരു നിന്ദ്യമായ കർമ്മം പക്ഷേ ഞങ്ങൾ കുലത്തിനൊരു മഹിമുണ്ട് എന്താണെന്ന് വെച്ചാൽ മഹത്തമാനുഗ്രഹണീയ ശീലാഹ ആ കുലം നമുക്കും അനുഗ്രഹം ചെയ്തിട്ടുണ്ട് മുത്തശ്ശൻ ഭഗവത്ഗീത വാങ്ങിച്ചു തന്നു പേരക്കുട്ടി ഭാഗവതം വാങ്ങിച്ചു മുത്തശ്ശൻ അർജുനനാണ് ചോദിച്ചിട്ട് ഭഗവത്ഗീത കിട്ടിയത് ഇപ്പൊ പേരക്കുട്ടി ചോദിച്ച് ഭാഗവതം ഭഗവാൻ ആ കൂടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തമാണ് ഈ ശാപം ഈ ശാപം എനിക്ക് വലിയ അനുഗ്രഹമായിട്ട് തീരുന്നു എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ വീട് എന്ന് പറയുന്ന പൊട്ടക്കെനറ്റെന്ന് കരകയറുകയേയില്ല അവിടെ എന്തെങ്കിലും ഒരു ശാപം വീണ് കഴിയുമ്പോ അത് വിട്ടുപോയല്ലോ വലിയ അനുഗ്രഹം തസൈവ മേ അഗസ് പരാവരേശോ വ്യാസക്തചിത്ത ഗൃഹേഷു അഭിക്ഷണ നിർേദമൂലോ ദ്വിജഷോ എത്ര പ്രസക്തോ ഭയമാശുധത്തെ തമ്മോയാതും പ്രതികു വി ഗംഗാജദേവീ ദിത്തമീശേ ദ്ജോപിഷ്ടുഹകസ്കോവാ ദശത്വലം ഗായത വിഷ്ണുഗാഥ തർകൻ ദംശിക്കട്ടെ എന്ത് വിഷമം വേണമെങ്കിൽ വരട്ടെ എന്ത് ദുരിതം വേണമെങ്കിൽ വരട്ടെ ഹേ ഋഷീശ്വരന്മാരെ നിങ്ങളൊക്കെ കൂടെ ഭഗവാനെ കുറിച്ച് പറയൂ ഗായത വിഷ്ണുഗാഥ ഭഗവാനെക്കുറിച്ച് പാടൂ പുനശ്ചൂയാദ് ഭഗവത്യന്ത് രതി പ്രസംഗശ താശ്രയേഷു മഹത്സയാമി സൃഷ്ടിം മൈത്രിയസ്തു സർവത്ര നമോ ദ്ജ്യ എല്ലാ ഋഷീശ്വരന്മാർക്കും ബ്രാഹ്മണർക്കും നമസ്കാരം എല്ലാവരും സൗഖ്യമായിട്ടിരിക്കട്ടെ എനിക്ക് ഇനി മേലാൽ ഇതുപോലൊരു മനസ്സ് വരരുത് പുനഃശ്ചൂയാത് ഭഗവത്യന്തേരതി ഭഗവാനോട് എനിക്ക് ഭക്തി ഉണ്ടാവട്ടെ ഭക്തന്മാരോട് സംഘം ഉണ്ടാവട്ടെ പ്രസംഗശ്വതാശ്രയേഷു മഹത്സു സൃഷ്ടി മൈത്രിയസ്തു സർവത്ര നമോ ദ്വിജേഭ്യാം ഇത്രയും പറഞ്ഞ ഋഷീശ്വരന്മാരോട് യാചിച്ചുകൊണ്ട് നിന്നു പരീക്ഷിത്തെ ഞാൻ എനിക്ക് ആരെങ്കിലും ഉപദേശിക്കും ഞാൻ എന്ത് ചെയ്യണം ആരെ ധ്യാനിക്കണം എന്ത് ചെയ്യണം എനിക്ക് പറഞ്ഞു തരും അവരാരും പറഞ്ഞില്ല എന്താന്ന് വെച്ചാൽ ഞാനീകൾ അവരായിട്ട് വായ തുറക്കില്ല ഭഗവാൻ തുറക്കണം അവരെ കൊണ്ട് തുറപ്പിക്കണം ഹൃദയത്തിൽ ഇന്ന് കൊണ്ട് ഭഗവാന് പരപ്പിക്കണം എന്നാലേ പറയൂ ഇന്ന് മഹാനുകള ഇങ്ങ നിൽക്ക പരീക്ഷിച്ച് ഭഗവത് കഥയെ എനിക്ക് ചല്ലുങ്ങോ ഭഗവത് തത്വം ചല്ലുങ്ങോ എനിക്ക് ഇനമേലി ഒരു പാപം നാം പണപ്പെടാതെ എനക്ക് വൈരാഗ്യം വരുന്നത് ഇന്ന് ശാപം കാരണമായി ഇന്നിരിക്ക ഋഷിക്ക് ഒരു നമസ്കാരം ഏർതാണ് എനിക്ക് പരി ഉപകാരം പണിയാർ തക്ഷകൻ ദംശിക്കട്ടുമേ കടിച്ച് गायत विष्णु विष्णुगा अबड़िए गंगातीर मरण से दर्भव ओकांदक तत यत वह पृथ्व्यमं बिभृे विश्रभ्य विप्रा कृत्यता सर्वात्म म्रियमाणश कृत्यं शुद्धम जत्र मृषदाभुक्ता തവത് ഭഗവാത്രോ യയാ അടമാനോ അനഭേക്ഷ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ട്രിതശാളൂതേശവ്യാസപുത്ര വ്യാസപുത്രനായുഖ്രഹമഹർഷി അദ്ദേഹം വന്നു എന്ന് പറഞ്ഞില്ല അഗമത് എന്ന് പറഞ്ഞില്ല തത്ര അഭവത് ഭഗവാൻ വ്യാസപുത്ര അദ്ദേഹത്തിന് വരവ് പോക്കൊന്നുമില്ല എന്നാണ് ആവിർഭവിച്ചു അത്രേ തദ്വാൻ വ്യാസപുത്രോ അദ്ദേഹത്തിനെ ആരെങ്കിലും വിളിച്ചോണ്ട് വന്നതാണോ ഏർപ്പാടാക്കി വന്നതാണോ യർച്ഛയാടമാണോ അനപേക്ഷ ഇങ്ങനെ സഞ്ചരിക്ക ഏർപ്പാടാക്കി ഒരു ഹാളിൽ ഏർപ്പാടാക്കി കുറെ ആളുകൾ മെനക്കെട്ട് ഒരു സത്സംഗവും നടത്തണം ഇതൊക്കെ മതിയാക്ക എന്നിട്ടങ്ങനെ നടക്കുക ഏതെങ്കിലും ഭക്തന്മാരുടെ വീട്ടിൽ കയറുക കുറെ നേരം കഥ പറയുക അവർ കാപ്പിയോ ചായയോ ടിഫിനോ ചാപ്പാടോ കഴിച്ചിട്ട് നടക്കാം അങ്ങനെയാണ് സുഖബ്രഹ്മഹർഷിയുടെ യാത്ര അതാണ് സുഖമാർഗം എന്നാണ് സുഖവർത്മ എതിർച്ചയാകാം അടമാനഹ എതിർച്ചയാണെ സഞ്ചരിക്കുക എന്തിനാ അനപേക്ഷ ആരുടെ അടുത്തു നിന്നും ഒന്നും കിട്ടാനില്ല യാതൊന്നും നേടിയെടുക്കാനില്ല യാതൊന്നും ആവശ്യമില്ല ോ അനഭിക്ഷലക്ഷ്യലിംഗോ അദ്ദേഹത്തിനെ കണ്ട ബ്രാഹ്മണനാണെന്ന് പറയാമയ്യ നാഹം മനുഷ്യോ നവയക്ഷൗ നാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാ നമ്മചാരീ നഗൃീ വനസ്ഥോ ഭിക്ഷുർന ചാഹം നിജബോധരൂപ എന്ന സ്ഥിതിയാണല്ലേ ഞാൻ മനുഷ്യനല്ല ദേവനോ യക്ഷനോ ഗന്ധർവനോ അല്ല ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ല ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്പസ്ഥനോ അല്ല ഭിക്ഷുർണ്ണജാഹം നിജബോധരൂപ ശ്രീസുഖബ്രഹ്മ മഹർഷി ഭാഗവതത്തിൽ ഇങ്ങനെ ദേവി ഭാഗവതത്തിലൊക്കെ ചിലർക്ക് സംശയമുണ്ട് സുഖാചാര്യർ വിവാഹം കഴിച്ചതായിട്ടും കുട്ടികളുണ്ടായതായിട്ടും ഒക്കെ ചില വേറെ ചില പുരാണ യോഗവാസ ഇഷ്ടത്തിലൊക്കെ കഥകളൊക്കെ വരുന്നു സംശയം തോന്നും ആളുകൾക്ക് ഭാഗവതത്തിൽ സുഖബ്രഹ്മ മഹർഷിയുടെ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല സുഖബ്രഹ്മ മഹർഷിയുടെ ലക്ഷണം ഇതാണ് ബാക്കി അദ്ദേഹം കല്യാണം കഴിച്ചോ കുട്ടികളുണ്ടായോ ഗൃഹസ്ഥനായിരുന്നോ ഒന്നും വേണ്ടിയില്ല അദ്ദേഹത്തിന് ഇത്രയേ പറഞ്ഞുള്ളൂ ഇതാണ് അദ്ദേഹത്തിൻ്റെ രൂപം എതിർച്ഛയാകാ മഠമാണോ അനപേക്ഷ അലക്ഷ്യ ലിംഗോ നിജലാഭതുഷ്ട ഇതിന് മേലെ ഒരു ലക്ഷണമില്ല നിജലാഭതുഷ്ടിയാണ് അദ്ദേഹം ശരീരമല്ല സുഖബ്രഹ്മ മഹർഷി ശരീരം ശരീരം എവിടെങ്കിലും ജ്ഞാനിയാവുമോ ശരീരം എവിടെയെങ്കിലും സന്യാസിയാവുമോ ശരീരത്തിന് സന്യാസിന്ന് വെച്ചാൽ അത് സന്യാസിയെ അല്ല ശരീരം ജ്ഞാനിയാവില്ല ആത്മാവിന് പേരാണ് സന്യാസി ആത്മാവിന് പേരാണ് ഞാനി സ്വയം താൻ ആത്മസ്വരൂപമാണെന്ന് ആര് നിത്യനിരന്തരം ഓർത്തുകൊണ്ടിരിക്കണവോ അവന് ഞാനി അവൻ സന്യാസി അവൻ യോഗി എല്ലാം പറയാം എന്ത് വേഷം വേണം അയാൾക്ക് പ്രത്യേകിച്ച് വേഷം ഒന്നുമില്ല വേണമെങ്കിൽ ഷർട്ട് ഇട്ട് നടക്കാം നമ്മളുടെ ഭാവമാണ് ഇതുപോലെ ഒരു മാലയിടണം അല്ലെങ്കിൽ തലയിൽ വല്ലതും ഇടണം താടി ഇത്തിരി നീളത്തിൽ വെക്കണം തല പിടിയാ ഇതൊന്നും ചെയ്താലും ഞാനീ ആവില്ല രുദ്രാക്ഷം ഒക്കെ ഏത് കടലും വാങ്ങിക്കാൻ കിട്ടും കാഷായവും എവിടെ വേണമെങ്കിലും റെഡിമെയ്ഡായിട്ട് കിട്ടും കാഷായം ഒന്നും മുക്കി മെനക്കിടം ഒന്നും വേണ്ട വേഷമൊക്കെ മാറ്റി ഒക്കെ വളരെ എളുപ്പം ഡ്രാമയിലൊക്കെ ഇടുന്ന പോലെ ആർക്ക് വേണമെങ്കിൽ ഇടാം പക്ഷെ അതുകൊണ്ട് ശുഖബ്രഹ്മ മഹർഷിയാവുമോ അവധൂത വേഷ അവധൂത വേഷം എന്ന് വെച്ചാൽ അവധൂതന്റെ വേഷം കിട്ടിയ ആളെന്നല്ല അവധൂതന് വല്ല വേഷം ഉണ്ടാവും ആരാ അവധൂതൻ ഭിക്ഷു അയാള് ചിലപ്പോ രത്യാ വിരചിത രത്യാതർപ്പിട വിരചിത കന്ധ എന്തെങ്കിലും റോട്ടിലൊക്കെ കിടക്കണ തുണി എടുത്ത് കൊടുക്കും അത്രേ അയാൾക്ക് വലുതും വേഷമാണോ അവധൂത വേഷാന്ന് വെച്ചാൽ വേഷം ഒക്കെ അഴിച്ചു കളഞ്ഞ ആള് നടത്തണം അവധൂതഹ വേഷ അവധൂത വേഷ വേഷം മുഴുവൻ അവധൂനം ചെയ്ത ആൾ അവധൂനനം ചെയ്യാന്ന് വെച്ചാൽ ഒക്കെ കൊതറി കളഞ്ഞ ആള് വെച്ചാൽ ഒരു വേഷവും അയാൾക്കില്ല ഇനി ഒരു വേഷവും കിട്ടാനില്ല പ്രത്യേകിച്ചൊരു രീതിയിൽ ഒരു വേഷം കെട്ടണമെന്നില്ല നമുക്കിപ്പോ അധ്യാത്മികത്തിൽ ഈ അസോസിയേഷൻ കാരണം ഇങ്ങനെ രീതിയിൽ വേഷം കെട്ടണംന്ന് അങ്ങനെയൊന്നും വേഷം ഒന്നും വേണമെന്നില്ല രുദ്രാക്ഷം വേണമെന്നൊന്നുമില്ല താടി വേണമെന്നൊന്നുമില്ല ഇപ്പൊ താടി ഇപ്പൊ വെട്ടാൻ പടിയാണെങ്കിൽ വളർത്തിക്കൊടുക്കാം അപ്പോഴപ്പോന്നുമില്ല ഒരാള് ചോദിച്ചു എന്തിനാ താടി വളർത്തണം വളർത്തണമെന്നില്ല അത് വളരണ അങ്ങനെയാണെങ്കിൽ വേണ്ടില്ല ഇപ്പൊ വളർത്താൻ വല്ലത് ഇട്ട് കൊടുക്കണം അതിന് യാതൊരു വേഷമില്ല എന്നാണ് അലക്ഷ്യലിംഗോ അദ്ദേഹത്തിനെ കണ്ടാൽ ഒന്നും മനസ്സിലാവണില്ല ഗൃഹസ്ഥനാണോ എന്ന് മനസ്സിലാവണില്ല സന്യാസി അതാണ് അതിവർണ്ണാശ്രമി എന്ന് പറഞ്ഞത് അതിവർണ്ണാശ്രമികൾ അങ്ങനെ ഉണ്ടാവും അവർക്ക് വർണ്ണാശ്രമ ബന്ധം ഒന്നുമില്ല ചിലപ്പോ സന്യാസിയെ പോലെ വേഷം കിട്ടിയും ഇരിക്കും ഗൃഹസ്ഥനെ പോലെ വേഷം കിട്ടിയിരിക്കും ബ്രഹ്മചാരിയെ പോലെ വേഷം കിട്ടിയും ഇരിക്കും വളരെ സാധാരണ ആളുകളുടെ ഇടയിൽ സാധാരണ ആളുകളായിട്ടിരിക്കും അലക്ഷ്യലിംഗോ നിജലാപതുഷ്ട പക്ഷെ ഒരേ ഒരു ഇൻഫാലിബിൾ സൈൻ ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരു ലക്ഷണം അവരിലുണ്ട് നിജലാഭതുഷ്ട എന്തോ ഒന്ന് അവർക്ക് കിട്ടിയിരിക്കുന്നു അതിൽ നിന്നും ഒരു പ്രസന്നത ഒരു സന്തോഷം സമുദ്രസിയവ ഗാംഭീര്യം സ്ഥൈര്യം മേരോരിവ സ്ഥിതി അന്ത ശീതളതാഥ ഇന്തോഹോ ഇവോ സമുദ്രം പോലെ ഒരാഴം ഒരു ഗാംഭീര്യം വേരുപർവതം പോലെ ഉറച്ച ഉള്ളിലോ ഒരു അനുഭവം ഉള്ളിലോ നല്ല പൂർണ്ണചന്ദ്രൻ പോലെ ഒരു കുളിർമ യോഗരഥോ വ ഭോഗരോ വ സങ്കരഥോ സംഘവിഹീന എ ബ്രഹ്മണിരമത്തെ ചിത്രം നന്ദതി നന്ദതി നന്ദത്യം എപ്പോഴും നിജലോപതുഷ്ട്രതശാല അവധൂതവേഷ അവധൂതവേഷനായി ശ്രീ സുഖബ്രഹ്മ മഹർഷി അങ്ങോട്ട് കയറി വന്നു ഋഷികളൊക്കെ എഴുന്നേറ്റ് നിന്നു അദ്ദേഹം സുഖബ്രഹ്മ മഹർഷിയാണെന്നൊന്നും ആരും പറഞ്ഞില്ല അദ്ദേഹം ലെറ്റർ വിട്ടർട്ടൊന്നും വരണില്ല അവിടെയുള്ള ഋഷികൾ മുഴുവൻ ആ ബ്രഹ്മതേജസ് കണ്ട് എഴുന്നേറ്റിൽ നിന്ന് വന്ദിച്ചു പരീക്ഷിച്ചും വന്ദിച്ച് അദ്ദേഹത്തിനെ പിടിച്ചിരുത്തി അവിടെ ചുറ്റും ഈ ഋഷികളൊക്കെ നിൽക്കുന്നു ഇദ്ദേഹം ചെറുപ്പം പതിനാറ് വയസ്സ് ഇവരൊക്കെ ഓരോരുത്തരും മഹാതപസ്വികർ സസംവൃതത്ര മഹാമഹീയസാം ബ്രഹ്മർഷി രാജർഷി ദേവർഷി സംഗൈ വ്യരോചതാലം ഭഗവാൻ യഥേന്ദുഹൂ ഗ്രഹക്ഷതാരൈഹി പരിഹിത ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കൊണ്ട് പരിവൃതമായ പൂർണ്ണചന്ദ്രനെ പോലെ അവിടെ ഇരുന്നു അത്ര ജ്ഞാനമഹാബ്ധി ചന്ദ്രമാ ലാരിഡി നടുവിൽ അങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരുന്നപ്പോ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ പൂർണ്ണ സമുദ്രം പോലെ പ്രശാന്തമാസീനമകുണ്ടമേ ദുനിം നൃപോ ഭാഗവതോ അഭ്യുപേത്യ ശുഖാചാര്യരുടെ പേര് പറഞ്ഞില്ല സൂതമഹാമു തന്റെ ഗുരുവാണ് ശ്രീ ശുഖാചാര്യർ വരുണമ്പോ അവിടെ സൂതനുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഈ കഥ ഭാഗവതം കേൾക്കാനായി സൂതനും ഈ ഭാഗവതം പറയുന്ന സൂതനും പരീക്ഷിച്ചന് സുഖബ്രഹ്മ മഹർഷി കഥ പറയുന്ന സ്ഥലത്തിരിപ്പുണ്ട് സുഖബ്രഹ്മ മഹർഷി കഥ മുഴുവൻ പറഞ്ഞിട്ട് അവസാനം പറയുന്നത് ഈ സൂദനുണ്ടല്ലോ അസൗഭക്ഷ്യതിയാൾ പറയും ഇനി ചൗനകാദികൾക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കും എന്ന് പറയുന്നത് സുഖബ്രഹ്മ മഹർഷി അപ്പൊ അവിടെ സൂദൻ ഇരിക്കുന്നു അപ്പൊ സൂദൻ കണ്ടതാണ് പറയണത് അവിടെ വന്നു ഋഷികളുടെ നടുവിൽ ഇരുന്നു ഋഷികളൊക്കെ എഴുന്നേറ്റ് നമസ്കരിച്ചു നക്ഷത്രങ്ങളുടെ നടുവിൽ പൂർണ്ണചന്ദ്രൻ ഇരിക്കുന്ന പോലെ ഇരുന്നു പ്രശാന്തമാസീനം ആ തേജസ്സിന് യാതൊരു തടസ്സമില്ല അത്ര ദിവ്യ തേജസ്സോടുകൂടെ ഇരിക്കുന്ന ആ മുനിയുടെ മുമ്പിൽ ചെന്ന് രാജാവ് നിന്നു രാജാവ് പറഞ്ഞു ഇത്ര നേരം രാജാവ് രാജാവ് എന്ന് പറഞ്ഞു ശുഖാചാര്യയുടെ കാല് തൊട്ടു പരീക്ഷ അതോടുകൂടെ ടൈറ്റിൽ മാറി സൂതൻ പറഞ്ഞു എപ്പോ ശ്രീ ശുഭബ്രഹ്മ മഹർഷിയുടെ പാദം സ്പർശിച്ചുവോ ഭാഗവതോ അഭ്യുപദ് ഭാഗവതനോ ഇപ്പൊ മഹാരാജാവല്ല പരീക്ഷിത് ഭാഗവതൻ ഡിഗ്രി ഉയർന്നു എന്നാണ് രാജാവല്ല കേവലം ഒരു ക്ഷത്രിയനായ ഒരു ഭരണാധികാരിയല്ല മുനി നൃപ ഭാഗവതോ അഭ്യുപേത്യ എന്റെ സദ്ഗുരുവായ ശ്രീശുഗുബ്രഹ്മ മഹർഷിയുടെ പാദസ്പർശം ഏറ്റതോടെ പരീക്ഷിത്തു മഹാരാജാവ് പരമഭാഗവതനായ രാജ ഋഷിയായി തീർന്നിരിക്കുന്നു പ്രണമ്യമൂർധന അവഹിതകൃതാഞ്ജലിഹീൻ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു പ്രഭു ഞാൻ എന്തു ഭാഗ്യം ചെയ്തു അഹോ അദ്യ വയം ബ്രഹ്മൻ സത്സേവ്യ ക്ഷത്രബന്ധവൃപയാ അതിഥിരൂപേണത് തീർത്ഥകൃതാ ഞാൻ ക്ഷത്രിയൻ പറയാൻ എനിക്ക് യോഗ്യതയില്ല ക്ഷത്രബന്ധു അങ്ങനെ ഉണ്ടായിരുന്നിട്ടും തീർത്ഥകൃതാ അവിടുത്തെ ദർശനം കൊണ്ട് തന്നെ ഞാൻ തീർത്ഥീഭൂതനായി തീർന്നിരിക്കുന്നു ചിത്രം ശുദ്ധമായിരിക്കുന്നു ആരെയാണോ സ്മരിക്കുന്നത് കൊണ്ട് മാത്രം ചിത്രം ശുദ്ധമാവുന്നത് അങ്ങനെയുള്ള ആടെ അടുത്ത് കിട്ടുക അടുത്തിരിക്കുക തൊടുക സംസ്മരണാത് പുംസാം സദ്യശുദ്ധ്യന്തി വൈഗൃഹാഹിം പുനഃ സ്പർശന ദർശന സ്പർശപാദശൗചാസനാദിവി ഹേ മഹായോഗിൻ അത പൃച്ഛാമി സംസിദ്ധിം പാരമാർത്ഥികമായി സംസിദ്ധിയെ ആഗ്രഹിച്ചുകൊണ്ട് ഞാനിപ്പോൾ ചോദിക്കാം ശുഗ ശുഖാചാര്യരെ ഒരു വിശേഷണം കൊണ്ട് വിശേഷിപ്പിക്കുകയാണ് യോഗിനാം പരമം ഗുരും എല്ലാവർക്കും ഗുരുവുണ്ട് അല്ലെ സ്കൂളിൽ നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്ക് പത്താം ക്ലാസ് വരെ പഠിച്ച ആൾ പഠിപ്പിച്ചാലും മതി എം എ പഠിക്കുന്ന ആൾക്ക് പി എച്ച് ഡി പി എച്ച് ഡി ആൾക്ക് ഗൈഡ് ഉണ്ടാവും സാധാരണ ലൗകിക കാര്യത്തിൽ ശുഖബ്രഹ്മിപ്പ ആർക്കാ ഗുരു എന്ന് വെച്ചാൽ യോഗിനാം പരമം ഗുരു യോഗികൾക്ക് പരമഗുരു ഗുരൂണാം ഗുരു അങ്ങനെയുള്ള അവിടുത്തെ എന്റെ മുമ്പിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി കൃഷ്ണനെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് കണ്ടത് വൃദ്ധാവായില്ല ഗർഭത്തിൽ വെച്ച് കൃഷ്ണ കിട്ടിയതിന്റെ ഫലം ഒരു രാജാവായിട്ട് ഇരിക്കലാണോ എത്ര രാജാക്കന്മാരുണ്ടായിരുന്നിട്ടുണ്ട് അതുപോലെ ഞാനും ജീവിച്ചു പോവാനാണോ കൃഷ്ണദർശനം ഉണ്ടായത് ഇപ്പം എനിക്ക് മനസ്സിലായി എന്തിനാണ് കൃഷ്ണ ദർശനം എന്ന് വെച്ചാൽ കൃഷ്ണദർശനത്തിന്റെ ഫലം ശുഭബ്രഹ്മമഹർഷിയുടെ ദർശനം ഭാഗവതം പഠിച്ചിട്ട് കൃഷ്ണ ദർശനമല്ല കൃഷ്ണ ദർശനം ഭാഗവത ശ്രവണം കിട്ടും ഗർഭത്തിൽ വെച്ച് കൃഷ്ണ ദർശനം ഉണ്ടായി ഭാഗവത ശ്രവണം ശുഖാചാര്യരുടെ ദർശനം അഭിമേ ഭഗവാൻ പ്രീത കൃഷ്ണ പാണ്ഡുസുതൃ പൈതൃഷയത്വം തദ്ഗോത്രാത്ത ബന്ധവ അന്യഥാതെ അവ്യക്തഗതേ ദർശനം നൃണം അല്ലെങ്കിൽ അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും അവിടുത്തെ കണ്ടിരിക്കുന്നുവല്ലോ അതുകൊണ്ട് പറയൂ ഞാൻ എന്ത് ചെയ്യണം യത് ശ്രോതവ്യം അഥോ ജപ്യം യത് കർത്തവ്യം നിർവിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹിയത്വാം പാരമാർത്ഥികമായി ഞാൻ അറിയേണ്ടത് എന്താണ് എന്താണ് ജപിക്കേണ്ടത് എന്താണ് ധ്യാനിക്കേണ്ടത് എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത് മരണം മുമ്പിൽ നിൽക്കുന്നു ഏഴാമത്തെ ദിവസം എന്ത് ചെയ്തിട്ട് എന്ത് പ്രയോജനം മുമ്പിൽ നിൽക്കുന്നു മൃത്യു ഞാൻ എന്ത് ചെയ്യണം എനിക്ക് മാർഗം കാണിച്ചു തരാം അവിടുന്ന് കുറച്ചു നേരം പോലും ഗൃഹസ്ഥന്മാരുടെ വീട്ടിൽ ഇരിക്കില്ല അങ്ങനെയുള്ള അവിടുന്ന് എന്റെ വീട്ടിലേക്ക് എഴുന്നള്ളിയിരിക്കുന്നു എന്നെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് അതുകൊണ്ട് ഈ ഒരു സന്ദർഭം പാഴാക്കി കളഞ്ഞാൽ പോയി ഇനിയൊരിക്കൽ ഈ സന്ദർഭം കിട്ടുമോ എന്നറിയാം വയ്യ ഈ സന്ദർഭം ഇപ്പൊ കിട്ടിയിരിക്കുന്നു ദുർലഭം ത്രേമേവൈദ ദൈവാനുഗ്രഹ ഹേതുക്കം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറഞ്ഞു മനുഷ്യത്വം ഉണ്ടാവുക മനുഷ്യനാവുകയല്ല മനുഷ്യൻ ധാരാളം ഉണ്ടാവുന്നുണ്ട് മനുഷ്യത്വം മുമുക്ഷുത്വം മോക്ഷത്തിലുള്ള തീവ്രമായ ഇച്ഛ ഇത് പോരാ സ്വയം ജീവൻ മുക്തനായ ഒരു മഹാപുരുഷന്റെ സംശയം പരീക്ഷത്തിന് മൂന്നും സാധിച്ചിരിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ എനിക്ക് മാർഗദർശനം ചെയ്തു തരണം എനിക്ക് വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞു വരിയാൻഷത്തെ പ്രശ്ന കൃത്തോ ലോകഹിതം നൃപ ആത്മവിത്സമ്മത പും സാം ശ്രോതവ്യാതിശൂയ പര ഹേ രാജൻ ആദ്യമായ അങ്ങയുടെ ചോദ്യത്തിന് എന്റെ ആശീർവാദം ലോകത്തിൽ ഇങ്ങനെ ചോദിക്കുന്നവർ എത്ര പേരുണ്ട് ഇത്ര മഹാത്മാക്കളാവട്ടെ എല്ലാ മഹാത്മാക്കൾക്കും ഇത് തന്നെ സങ്കടം ലോകത്തിലെ ബ്രഹ്മവിദ്യയെ ചോദിക്കുന്നവരാരുണ്ട് ഭഗവത് സാക്ഷാത്കാരം വേണമെന്ന് ചോദിക്കുന്നവരാരും ഉണ്ട് രാമകൃഷ്ണ പരമംശർ കരയുമായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ കരയുമായിരുന്നു ഈ ലൗകികന്മാരുടെ ചോദ്യവും ഒക്കെ കേട്ട് കേട്ട് കേട്ട് എനിക്ക് മടുത്തുണ്ട് ആരെങ്കിലും ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ വരിയാനേഷ്നോ ലോകഹിതം നിരു നമ്മൾ വന്ന കാര്യം മുഖ്യമായിട്ടുള്ളത് ഭഗവാനെ അറിയലാണ് പക്ഷെ വന്നപ്പോ മറന്നുപോയിരുന്നു വന്നപ്പോ മറന്നുപോയി എല്ലാരും നിസ്വാർത്ഥന്മാരാണ് അവരവരുടെ കാര്യം വിട്ടിട്ടാണ് ഇപ്പൊ നടക്കുന്നത് ഭാഗവതം കേൾക്കുക ഇതൊക്കെയാണെന്ന് വെച്ചാൽ ചിലർക്ക് ധാരണ എന്തോ ഈ പറയണ ആൾക്ക് അവരെന്തോ ഉപകാരം ചെയ്യണമെന്നാണ് ചിലരൊക്കെ പറയും ക്ഷമിക്കണം കേട്ടോ ഇനി വരാൻ പറ്റിയില്ല ഓഫീസിൽ ഒരേ ജോലി നമുക്ക് എന്ത് പോയി വന്നാൽ എന്താ വന്നിട്ടില്ലെങ്കിൽ എന്താ ശ്രോതവ്യാധീനി എന്തുകൊണ്ടാ ശുഖാചാര്യരുടെ ദുഃഖം അദ്ദേഹം പറയണോ മനുഷ്യർക്ക് സഹസ്രശ ശ്രോതവ്യാധീനി സന്ധി ആയിരക്കണക്കിന് കാര്യങ്ങൾ കേൾക്കാനുണ്ട് അത്ര അവർക്ക് എത്ര കാര്യങ്ങൾ അവർക്ക് അറിയാനുണ്ട് എന്തൊക്കെ അറിയാനുണ്ട് എന്തൊക്കെ ചെയ്യാനുണ്ട് ലോകത്തില് അതിന്റെ ഇടയിൽ ഇതിനൊക്കെ ഇപ്പോ എവിടെയാ സമയം അപശ്യതാം ആത്മതത്വം ഗൃഹേഷു ഗൃഹമേഥിന ഗൃഹസ്ഥാശ്രമത്തില് ഗൃഹ്യത പിടിച്ചു പിടിക്കുമെന്നാണത് പിടിച്ചിട്ട് ആത്മതത്വ സാക്ഷാത്കാരം ജീവിത ലക്ഷ്യം എന്നുള്ളത് മറന്നും കളഞ്ഞു എന്നിട്ടോ പല കാര്യങ്ങൾ കേറക്കണം അവിടെ മകൾ കല്യാണമായി കുട്ടി പറഞ്ഞു ഇനി അവിടെ കല്യാണത്തിന് പോകണം ഇവിടെ വിശേഷത്തിന് പോകണം പല തിരക്കുകൾ അതിന്റെ നടുവിൽ ഗീത എവിടെ വായിക്കും ഭാഗവതം എവിടെ വായിക്കും ആത്മവിചാരം എവിടെ ചെയ്യും ജപം എവിടെ ചെയ്യും അവനവന് ഹിതം ചെയ്യാൻ എവിടെ സമയം പലതും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടേ നമ്മളുടെ സമയം പോകും ടി പി രാമചന്ദ്രയ്യ എന്ന് പറയുന്ന ഒരു ഭക്തൻ വലിയ വക്കീലായിരുന്നു അദ്ദേഹം രമണ മഹർഷിയുടെ അസിസ്റ്റന്റ് പോലെ കൂടെ നടന്നു നിഴൽ പോലെ മഹർഷിക്ക് അസിസ്റ്റൻസ് ഒന്നും വേണ്ട കൂടെ നടക്കും ചില കാര്യങ്ങളൊക്കെ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് അദ്ദേഹം അവതരിപ്പിക്കും മഹർഷിയുടെ മുമ്പിൽ ഒരിക്കലേ മഹർഷിയുടെ മുമ്പിൽ ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ അതിലൊരാള് ദിവസം രാവിലെ വന്ന് ഉറങ്ങും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വന്നാൽ പിന്നീ ഇരുന്ന് ഉറങ്ങും ഊണ് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഇരുന്ന് ഉറങ്ങും ധ്യാനിക്കാൻ അപ്പൊ ആരോ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഈ രാമചന്ദ്രഅയ്യോട് പറഞ്ഞിട്ട് നമ്മുടെ മഹർഷിയോട് ചെന്ന് പറയാൻ പറഞ്ഞു ടി പി ആർന്ന് ചൊല്ലാ ടി പി ആർ പോയി ഭഗവാന് അന്താവാർക്കാൻ മൂന്നാള എപ്പമേ തൂങ്ങ ആ ഭഗവാന് കാത്താലും കാത്താലും തൂങ്ങറക്ക് അപ്പുറവും തൂങ്ങറാ സാപ്പാട് എപ്പും തൂങ്ങിട്ടേക്കാൻ അവനാവ് അവ വന്ന വലയെ പന്തലയെ വിട്ട് അവന പാത്തിട്ട് വന്ന വേലയ പാരുപോയി മറന്നടാൻ വന്ന കാര്യം മറന്നു പോയി വേറെ പലതും ശ്രദ്ധിക്കണം ഇതാണ് ശുഖബ്രഹ്മ മഹർഷി പറഞ്ഞത് അപശ്യതാ ആത്മതത്വം ശ്രോതവ്യാധീനി സഹസ്രശഹാസന്ധി എന്തൊക്കെ കാര്യങ്ങൾ അറിയാനിരിക്കണമെന്നാണ് പല ലോകത്തിലുള്ള കാര്യങ്ങൾ അതൊക്കെ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണം എങ്കിലും ഒക്കെ അറിഞ്ഞു വയ്ക്കുക തലയിൽ കയറ്റി വയ്ക്കുക എന്നാൽ ജീവിക്കാൻ ധാരാളം സമയമുണ്ടോ നിദ്രയാ ഹൃദയത്തെ നക്തം ആ പാടൊരു നൂറ് വർഷം എന്നെടുത്താൽ പോലും ഒരു പത്തമ്പത് വർഷം ഉറങ്ങിപ്പോവും ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഒരു ഏഴെട്ട് വയസ്സ് വരെ പത്ത് ഇരുപത് മണിക്കൂറിന്റെ അടുത്ത് ഉറങ്ങും ചെറിയ കുട്ടികൾ വളരെ പത്തിരുപത് മണിക്കൂർ ഉറങ്ങും വലുതാവുന്നതോറും കുറച്ച് കുറഞ്ഞു വരും എന്നാലും ധാരാളം ഉറക്കം യൗവനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ ഉറങ്ങും പിന്നെ പകൽ സമയം വയറ്റുപഴപ്പിനുള്ള ഓട്ടം അതിനു മേലെ കുടുംബം പ്രശ്നങ്ങള് വിഷമങ്ങൾ അതൊക്കെ ഉണ്ട് അല്ലേ ഇതിന്റെ ഒക്കെ അല്പം ഇത്തിരി സമയം കിട്ടിയാൽ അത് ഭഗവാന് കൊടുക്കാൻ എവിടെ മനസ്സ് അതുകൊണ്ട് ഹേ രാജൻ തസ്മാ ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി ശ്രോതവ്യ കീർത്തിതവ്യ സ്മർത്തവ്യ ഇച്ഛതാ അഭയം ഭയമില്ലാത്ത ആ നിർവ്വാണപദത്തിനെ പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഭഗവാനെ കേൾക്കണം ഭഗവാനെ സ്മരിക്കണം ഭഗവാനെ ധ്യാനിക്കണം നാമസങ്കീർത്തനം ചെയ്യണം ജപം ചെയ്യണം നിങ്ങൾ എന്ത് യോഗമോ എന്ത് സാധന വേണമെങ്കിൽ ചെയ്തോളൂ പക്ഷെ ഒരു ക്ഷണം കൊണ്ട് വേണമെങ്കിൽ ഭഗവാനെ കിട്ടും ഘട്ടവാങ്കന് കിട്ടിയ പോലെ അതുകൊണ്ട് ഏഴു ദിവസമേ ഉള്ളൂ എന്ന് പേടിക്കണ്ടാന്ന് ഏഴു ദിവസം ധാരാളമാണെന്ന് ചിത്തശുദ്ധിക്കായിക്കൊണ്ട് യോഗ സാധനങ്ങളെയൊക്കെ പറഞ്ഞു കൊടുത്തു അത് നമുക്ക് വേണ്ടിയാണ് കല്യതാം മമ കുരുഷാവതി കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടം തുഷ്ടയാഷ്ടയാശുതമാ യോഗ യോഗസാധനകളൊക്കെ ഓരോന്നായി ചെയ്ത് മുന്നോട്ട് പോയിക്കോളാം ഈ യോഗസാധനകളൊക്കെ പറഞ്ഞു കൊടുത്തു ഭഗവാന്റെ സ്ഥൂലമായ രൂപത്തിനെ ധ്യാനിക്കാനും പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് ചതുശ്ലോകി ഭാഗവതം എന്ന് ബ്രഹ്മവിദ്യയെ ഉപദേശിച്ചു ദ്വിതീയ സ്കന്ധത്ത് സ്കന്ധത്തില ഭാഗവതകഥ പറഞ്ഞ് ആരംഭിക്കുന്നു സ്ഥൂലമായ ഭഗവാന്റെ വിരാട് രൂപത്തിനെ വർണ്ണിച്ചുകൊണ്ട് ആരംഭിക്കുന്നു ദ്വിതീയ സ്കന്ധത്തിൽ മുതല ഭഗവാനോട് വിരാട് രൂപ ധ്യാനം അപ്പുറം മുഖ്യമാ അത് ചതുശ്ലോകി ഭാഗവതം ഒരു ഭാഗം വാസ്തവമാ അത് ചതുശ്ലോകി ഭാഗവതം ചിലമേ തവരെ ഭാഗവതം താ അതിൽ ഒരു ഭാഗവതം പൂരാ അടക്കം ഏകശ്ലോകി ഭാഗവതത്തോടെ എസൻസ് എന്ന ഭഗവാനെ തവരെ എതും വാസ്തവമാ ഇല്ലേങ്ക അഹമേവാസമേവാഗ്രേ നാനിയത്യസത് പരം പശ്ചാത്തം യഥേതച്ഛ യോവശിഷ്യേത സോസ്മ്യഹം സകലതും ഭഗവത് സത്യം അനുഭവത്തിക്ക് വരണം വന്നിട്ടാണ് അത് ചതുശലോകി ഭാഗവതത്തോടെ സാരമായിടുത്തു അന് ഭഗവാൻ ബ്രഹ്മാക്ക് ഉപദേശം പണ്ടത് ദ്വിതീയ സ്കന്ധത്തിൽ തൃതിയ സ്കന്ന്ദ വിതുരോത്തവ സംവദം അപ്പുറം വിതുര മൈത്രിയ സംവദം വരുന്നത് അതിലതാണ് വരഹവതാര കഥ പാത്തോ വരഹ അവതാരം പഠിച്ചോ ഭഗവാൻ യജ്ഞവരാഹമൂർത്തിയാ അവതാരം പണി ഭൂമിയെ ഉദ്ധാരണം പണ്ടതും ഹിരണ്ാക്ഷന വധം പണ്ടതും അത് സൃഷ്ടി അത് സൃഷ്ടിയ പ്രജാപതികൾ എല്ലാം വന്ന് കർത്തമ പ്രജാപതിയോട് കഥ വന്ന് കപിലോപാഖ്യാനം വരും നാളെ